ശ്രീരാമസ്വാമി പറയാണ് എന്തൊക്കെയാലും ജ്യേഷ്ഠ രാവണന്റെ ഉദ്യാനത്തിലെ തടാകത്തിലെ ആ താമരപ്പൂക്കൾ എന്തൊരു ഭംഗി ഞാൻ വെളുത്ത താമരപ്പൂക്കളെ ആദ്യം കാണുന്നത് ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു ലക്ഷ്മണ എന്നോണോ നല്ല ചുവന്ന നിറാണ് അതിൽ ഭയങ്കര തർക്കം ഹനുമാൻ സ്വാമിയും ലക്ഷ്മണനും ഹനുമാൻ സ്വാമി വരെയും ചുവപ്പ് എന്ന് ഹനുമാൻ സ്വാമി അങ്ങ് കണ്ടത് ശരിയല്ല ഉടനെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ കാലു പിടിച്ചിട്ട് പറയും ഞാൻ അങ്ങേടെ ദാസനല്ലേ അന്ന് പറയും ചുവപ്പാണോ വെളുപ്പാണോ ശ്രീരാമസ്വാമി വിട്ടു അനുജൻ പറയുന്നത് എറ്റാന്ന് പറഞ്ഞാൽ അനിതന് വേദന ഭക്തൻ പറയുന്നത് എറ്റാന്ന് പറഞ്ഞാൽ ഭക്തന് വേദന ശ്രീരാമസ്വാമി പറഞ്ഞു ലക്ഷ്മണ ഹനുമാൻ സ്വാമി രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് ഹനുമാൻ സ്വാമി പറഞ്ഞു ഇങ്ങനെ ബ്ലഫ് അടിക്കരുത് രാമ ഒരു താമരപ്പൂ തന്ന ചെടികളൊക്കെ പൂക്കളൊക്കെ ഉണ്ടാ എന്താണ് ഇനി ഇട്ടുകൊണ്ട് കളർ മാറുന്നത് ചേഞ്ചിങ് ഡോസൊക്കെ ഉണ്ട് ഇതെന്താ താമരപ്പൂ ചേഞ്ച് ചെയ്യോ ഇങ്ങനെ ബ്ലഫേർട്ട് ചെയ്യരുത് ഉടനെ ശ്രീരാമസ്വാമി ചോദിച്ചു അല്ല ഹനുമാൻ സ്വാമി അങ്ങെ എപ്പോഴാണ് ഈ താമരപ്പൂ കണ്ടത് എപ്പോഴാണത് കണ്ടത് എപ്പോഴാണ് കണ്ടത് അതെ മഹാ രാമായണത്തില് രാമരാവണ യുദ്ധത്തിന് മുമ്പാണോ അതോ രാമരാവണ യുദ്ധത്തിന് ശേഷമാണോ കണ്ടത് രാമരാവണ യുദ്ധത്തിന് മുമ്പാണ് ഞാൻ കണ്ടത് ലക്ഷ്മണനോട് ചോദിച്ചു അങ്ങ് എപ്പോഴാണ് കണ്ടത് യുദ്ധത്തിന് ശേഷം ഞാൻ ദിവസം ഉദ്യാനത്തിന് നടന്നപ്പടാക്കേണ്ടത് ഉടനെ ശ്രീരാമസ്വാമി പറയുന്നത് യുദ്ധത്തിന് മുമ്പ് രാവണനോടുള്ള ദേഷ്യം മുഴുവൻ ഹനുമാൻ സ്വാമി അങ്ങയുടെ ഉള്ളിലുണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും ആ ദേഷ്യമുള്ള മനസ്സോടുകൂടി തടാകത്തിൽ നോക്കിയപ്പോ വെളുത്ത താമര പോലും തോന്നായിക്കണ്ടും മറ്റാൾ യുദ്ധമൊന്നുമില്ലാത്ത സമയത്താക്ക ക കഴിഞ്ഞു സ്വസ്ഥം ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എവിടെയും കിടന്നു തുടങ്ങിയാൽ മതി എല്ലാം ഉത്തരവാദിത്വവും കഴിഞ്ഞു ആ സമയത്ത് കാമായിട്ടുള്ള വൈറ്റായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് നോക്കിയപ്പോ എല്ലാം ഒരേ സാധനം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ രാവിലെ തന്നെ ഈ ഭാവന വെച്ച് കാണുകയാണെങ്കിൽ ഏത് ഭാവന ഞാൻ ഭഗവാന്റെയാണ് എല്ലാം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എല്ലാ ബന്ധങ്ങളും എന്നെ ഏൽപ്പിച്ചത് ഭഗവാനാണെന്നുള്ള ഭാവനയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവും വിഷ്ണുവിനെ പോലും നാല് കൈകളും ഉണ്ടാവില്ല പക്ഷെ ശങ്കരക്ര കഥാരൂപങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ടാണ് ക്രമേണ ക്രമേണ നമുക്ക് എല്ലാറ്റിലും ഒരു ഉത്സാഹം വരും മാക്സിമം നമ്മൾ സെർവ് ചെയ്യാണ് കാരണം നമുക്കറിയാം ഈ ബന്ധം അധിക കാലം തൽക്കാലം ഭഗവാൻ ഏൽപ്പിച്ചതെന്നാണ് കുറച്ചു കാലത്തേക്ക് അല്ലേ നിങ്ങളെ അനിയപ്പിയുടെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെയോ മകളെയോ മകനെയോ നിങ്ങളെടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ അമേരിക്കയ്ക്ക് പോയി ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആദരവുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആദരവുള്ളത് നിങ്ങളെ വളരെ സഹായിക്കുന്നവരാണ് ആ കുട്ടികളെ നിങ്ങളെങ്ങനെയാണ് ഒരു രണ്ടു മൂന്ന് മാസം അതിന് അടയുണ്ടാക്കി കൊടുത്തിട്ടും വടിയുണ്ടാക്കി കൊടുത്തിട്ടും മാക്സിമം അതിനെ സന്തോഷിപ്പിക്കും അല്ലേ അവനവന്റെ കുട്ടികളാണെന്ന് വെച്ചാൽ ഉണ്ടാവില്ല വേണമെങ്കിൽ അതടുത്ത് കഴിച്ചു എന്ന് പറയും അങ്ങനെ നമ്മൾ പറയും എന്നാൽ എത്ര സെർവിയും നമ്മൾ ഇതുപോലെ നമ്മൾ സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കുന്നവരെയാണ് അതിന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഏത് മഹാബലി ആവർത്തിക്കട്ടെ മഹാബലിയിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ച് ഞാൻ ഭഗവാന്റെ ദാസനായി എന്റെ കൈവശമുള്ളതെല്ലാം ഭഗവാൻ എന്നെ തൽക്കാലത്തേക്ക് മാത്രം ഏൽപ്പിച്ചതാണെന്ന ബോധത്തോടെ അതിനെയെല്ലാം സന്തോഷത്തോടെ പരിചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് ഓണം ആഘോഷിക്കാം നമുക്കെല്ലാവരിലും സമഭാവന കൊണ്ടുവരാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന മഹാത്മാവാണ് മഹാബലി അതുകൊണ്ടായിരിക്കാം ഭഗവാൻ മഹാബലിയെ പാതാളത്തിലേക്കല്ല താഴ്ത്തിയത് സുതലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു കാല് തലയിൽ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലി തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചു എന്ന് പറയും ഇത്രയും മനസ്സിലാക്കൂ ഇനി അടുത്ത ഭാഗമാണ് മത്സ്യാവതാരം ഭഗവാൻ മത്സ്യരൂപത്തിൽ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവിനെ അനുഗ്രഹിക്കുന്നു പുരാഹയഗ്രീവ മഹാസുരേണ ഷ്ടാന്തരാന്തോദ്യതകാണ്ടേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാദ്രതീഷു മത്സ്യൂപം പണ്ട് ആറാം മന്വന്തരത്തിൽ ആറാമത്തെ ഷഷ്ടമന്യന്തരം ഈ ഷഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യോഗത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ ഇതിൽ കേട്ടിണ്ടാവും ആറ് ചക്രങ്ങള് ഏതൊക്കെയാണ് ആറ് ചക്രങ്ങള് ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തെ ഷഡാധാരം കേട്ടിണ്ടല്ലോ ഷഡ്ചക്രങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ ഷടാധാര പ്രതിഷ്ഠാന കേട്ടിട്ടുണ്ടോ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനുണ്ട് നമ്മൾ അമ്പലത്തിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് ആറ് ചക്രങ്ങളുടെ ദൃഷ്ടിയിലൂടെയൊക്കെയാണ് പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ ശരീരവും ആറ് ശരീരത്തിലും ആറ് ചക്രങ്ങളുണ്ട് ഏതൊക്കെയാണത് ഒന്നാമത്തത് മൂലാധാര ചക്രം അവിടെയാണ് ഊർജം എനർജി നിൽക്കുന്നത് എന്ന് അത് കഴിഞ്ഞാൽ മണിപൂരം അടുത്തത് മൂന്നാമത്തത് അനാഹതം നാലാമത്തത് വിശുദ്ധം അഞ്ചാമത്തത് ആജ്ഞ ആറാമത്തത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മചക്രം അതായത് അതിനെ പറയാ സഹസ്രാര ചക്രം ഇങ്ങനെ ആറ് ചക്രങ്ങളിലായിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി നിൽക്കുന്നത് ചക്രം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കറകള സാധനമുണ്ടെന്ന് വിചാരിക്കരുത് അതായത് നമ്മുടെ വ്യക്തിത്വത്തിന് ആറ് പടികളുണ്ട് എന്ന് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ബ്രഹ്മചക്രം സഹസ്രാരം ഇവിടെയാണ് ബുദ്ധി പ്രകാശി ബുദ്ധി നിൽക്കുന്നത് മൂർധാവിലാണല്ലോ ബുദ്ധി ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണ് ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളതൊക്കെ മനസ്സിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെ ജീവാത്മാവെന്നും ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെ അതുകൊണ്ട് ഈശ്വരന്റെ സ്ഥാനം എവിടെയാണ് ഓർധാവിലാണെന്ന് പറയും ഓർധാവിൽ ഈശ്വരന്റെ സ്ഥാനം പരമാത്മാവിന്റെ സ്ഥാനം ഏറ്റവും താഴെയാണ് ജീവാത്മാവിന്റെ സ്ഥാനം താഴെയാണ് വികാരങ്ങളുള്ളത് മൂലാധാരത്തിൽ കുണ്ടലീനി ശക്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ശക്തി എപ്പോഴും താഴെയും മുകളിലുമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളൊരു ബാറ്ററിയെ ചിന്തിക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ മുഗൾ ഭാഗം കൂർത്തിരിക്കുന്ന ഭാഗം പോസിറ്റീവും താഴെ പുഴിഞ്ഞിരിക്കുന്ന ഭാഗം നെഗറ്റീവായിരിക്കും ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലത് ചിത്തത് എന്നുള്ള അർത്ഥത്തിലല്ല ഒന്ന് പ്രകൃതിയിലേക്ക് ആകർഷിക്കുന്നതും രണ്ട് ആത്മാവിലേക്ക് ആകർഷിക്കുന്നതും നെഗറ്റീവ് നമ്മളെ പ്രകൃതിയിലേക്ക് ആകർഷിക്കും പോസിറ്റീവ് നമ്മളെ ഈശ്വരനിലേക്ക് ആകർഷിക്കും അപ്പൊ നമ്മളിൽ രണ്ട് ആകർഷണമുണ്ട് പ്രകൃതിയിലേക്കും ആകർഷിക്കുന്നുണ്ട് ഈശ്വരനിലേക്കും ഒരാകർഷണമുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് രണ്ടും ഇതിനെ രണ്ടിനെയും നമുക്ക് സമന്വയിപ്പിക്കാൻ എന്തുവേണം പ്രേമം വേണം പ്രേമം എന്ന ഭാവം ആ പ്രേമം എന്ന ഭാവമാണ് ഹൃദയത്തിലിരിക്കുന്നത് എന്ന് പറയണം അപ്പൊ മൂർത്താവിൽ പരമാത്മാവിന്റെ സ്ഥാനവും താഴെ ജീവാത്മാവിന്റെ സ്ഥാനത്തെയും എവിടെ കൊണ്ടെത്തിക്കണം പ്രേമത്തോടെ ഹൃദയത്തിൽ ധ്യാനിച്ചു ഉറപ്പിക്കണം അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിക്കാൻ നമുക്ക് ം ചെയ്യണം ആജ്ഞ ആജ്ഞാചക്രം അതായത് ധ്യാനത്തിലൂടെ സാധിക്കണം ധ്യാനമുറയ്ക്കണമെങ്കിൽ കീർത്തനാദികൾ വേണം വിശുദ്ധം വേണം അങ്ങനെ നമ്മൾ ആരിൽ നിന്നും ഈശ്വര ചൈതന്യം പ്രാണനിലൂടെ എവിടെ എത്തുന്നു ഹൃദയത്തിലെത്തുന്നു അങ്ങനെ ഹൃദയത്തിലെത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് വേഗം പരമാത്മാവുമായി ചേർന്ന് അവസാനം അദ്ദേഹത്തിന്റെ ഗതി എങ്ങനെയായിരിക്കും ബ്രഹ്മരന്ധ്രം വഴിയായിരിക്കും പോകുന്നത് നമ്മുടെ തലയോടിന്റെ ഉള്ളിൽ ചെറിയൊരു ശുഷിരമുണ്ട് അതിനെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് വിളിക്കുക അയാളുടെ ഗതി അങ്ങനെയായിരിക്കും എന്ന് അതുകൊണ്ടാണ് ധ്യാനിക്കുമ്പോൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത് മനസ്സിൽ പക്ഷെ എങ്ങനെ ധ്യാനിക്കണം ബുദ്ധിയോടുകൂടി ധ്യാനിക്കണം അപ്പൊ ബുദ്ധിയും മനസ്സും ഏകീകവിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനത്തിലൂടെയും കീർത്തനത്തിലൂടെയും സമന്വയിപ്പിക്കുന്ന സമയത്ത് നാം ീശ്വരനെയും പ്രകൃതിയെയും എല്ലാം ചേർത്തുകൊണ്ട് ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രകൃതി വേറെ ഈശ്വരൻ വേറെ എന്നൊന്നും തോന്നുകയില്ല എല്ലാം ഒരേ സത്യം തന്നെ ഒന്ന് എനർജി ഐൻസ്റ്റീന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് എനർജിയാണ് അതേ എനർജി തന്നെ വാക്ടറായിട്ട് മാറുന്നു വാക്ടറും വാസ്തവത്തിൽ എന്ത് ൂല് തന്നെ വസ്ത്രമായിത്തീരുന്നു വസ്ത്രം എന്ന് പറയുന്നത് എന്തു തന്നെയാണ് നൂല് തന്നെയാണ് സ്വർണം തന്നെ ആഭരണമായിത്തീരുന്നു ആഭരണം എന്ന് പറയുന്നത് സ്വർണം തന്നെ മണ്ണ് തന്നെ മൺപാത്രമായിത്തീരുന്നു മൺപാത്രം എന്ന് പറയുന്നത് മണ്ണ് ഇതുപോലെ നമുക്ക് ശരീരവും പ്രപഞ്ചവും എന്ത് തന്നെയാണ് തന്നെയാണ് ചൈതന്യം തന്നെയാണ് ശരീരമായും പ്രപഞ്ചമായും പരിണമിക്കുന്നത് നിങ്ങൾക്ക് ശരീരം വേറെ ചൈതന്യം വേറെ എന്നൊന്നും തോന്നാത്തൊരു അവസ്ഥ വരൂത്രേ അവരെ സംബന്ധിച്ച് മരണവുമില്ല എങ്ങോട്ട് മരിക്കും പിന്നെ മരണമില്ല ആ ഒരു സ്റ്റേജിലേക്ക് എത്താനാണ് നമുക്ക് ഈ ഒരു കഥ പറഞ്ഞു തരുന്നത് ഏത് കഥ മത്സ്യാവതാര കഥ അതുകൊണ്ട് ഇത് നടക്കുന്നത് ഏത് മന്നന്തരത്തിലാണ് ഷഷ്ടമന്നരത്തിലാണ് ആറാമത്തെ മന്നന്ധരത്തിൽ അവിടെ നിദ്രോന്മുഖ ബ്രഹ്മമുഖാൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ബ്രഹ്മാവിന്റെ മുഖത്തുനിന്ന് അയഗ്രീവ മഹാസുരേണ വേദേഷൃതേഷു ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ വേദം അപഹരിച്ചു എന്ന് അതുകൊണ്ട് നമ്മൾ സത്സംഗത്തിന് പോകുമ്പോൾ ഇന്ന് ഉറങ്ങരുത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പുസ്തകം കൊണ്ട് വല്ലൊരു പൂവെന്ന് പറയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീക്കുവല്ലോ മനസ്സിലാവുമോ എനിക്ക് മനസ്സിലാവില്ല പണ്ടൊരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്തെത്തി അപ്പോ ഗുരു ചോദിച്ചു നീ എവിടുന്നാ വരുന്നത് ശിഷ്യൻ പറഞ്ഞു അറിയില്ലയാണ് നീ എങ്ങോട്ടാ പോകുന്നത് അതും അറിയില്ല എന്തിനാ വന്നത് അതും അറിയില്ല ഗുരു പറഞ്ഞു എനിക്കും ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം അറിയില്ലയാണ് ഇതുപോലെ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നോക്കാം നോക്കുന്നത് നോക്കിയിട്ട് എന്നിട്ടോ അങ്ങനെ ഭഗവാൻ തം മത്സ്യരൂപം അതീത ഭഗവാൻ ഏതവതാരെടുത്തു മത്സ്യാവതാരം എങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത് സത്യവ്രതാദിത്തൂ നദീജലേ തർപ്പലോ സഞ്ചരിതാകശനീന അങ്ങനെ കരയഗ്രീവൻ രമാവിന്റെ മുഖത്ത് നിന്ന് വേദം അഭരിച്ചുകൊണ്ട് ഒളിച്ച സമയത്താണ് ആ കാലഘട്ടത്തിലാണ് കൃതമാലാനദി എന്ന് പറയുന്ന നദിയില് സത്യവ്രതൻ എന്ന് പറയുന്ന ദ്രമളാദിരാജാവ് ദ്രവിഡരാജാവ് അദ്ദേഹം ഒരിക്കല് തർപ്പണം ചെയ്യാൻ വെള്ളം കയ്യിലെടുത്ത സമയത്ത് കയ്യിലൊരു ബാലമീന ഒരു ചെറിയൊരു മത്സ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു ഒന്ന് എന്നിട്ടോ ആ മത്സ്യം അദ്ദേഹത്തിനോട് പറയാണ് എന്തൊക്കെയാണ് പറയുന്നത് ാജ് എന്നെ വെള്ളത്തിലിടരുത് വലിയ മത്സ്യങ്ങൾ എന്നെ വിഴുകും എന്ന് പേടിച്ചുകൊണ്ട് ചെറിയ ബാലമീനം പറഞ്ഞപ്പോ സാധാരണ രാജാക്കന്മാർ മനുഷ്യൻ മത്സ്യം വർത്തമാനം പറഞ്ഞ ഊടോടന്ന് മത്സ്യം വർത്തമാനം പറയില്ലേതാര്യം ഏതായാലും രാജാവ് ആ മത്സ്യത്തെ പിടിച്ചൊന്നെയ്തു തന്റെ അമ്പുപാത്രേണ തന്റെ കമണ്ടലൂലി പിടിച്ചിട്ടു എന്നൊരു സ്വദേഹം സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോഴോ ഈ മത്സ്യതാ വലുതാവാൻ തുടങ്ങി അതിലിങ്ങനെ വലുതാവാൻ തുടങ്ങി പരിചാരകന്മാര് പറയും വലുതായ വലുതായ വലുതായും ഇതെന്താ പുതിയ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് കൾച്ചറെല്ലാം മാറി ഇന്ന് ഇന്നലെ പ്രസവിച്ച കുട്ടി ഇന്ത്യക്ക് വളരേണ്ട കാലാണ് കാരണം നമ്മള് ടെക്നോളജി മാറി എന്താ ടെക്നോളജിയുടെ പേര് എല്ലാം വലുതായി വലുതായി വരുന്നൊരു സാധനം ഉണ്ടല്ലോ ഹൈബ്രീഡ് ടെക്നോളജി എല്ലാ ഹൈബ്രീഡാണ് ഇനിയിപ്പോ എന്നാവോ മനുഷ്യൻ ഹൈബ്രീഡായിട്ട് വരിക ഇപ്പൊ നിങ്ങൾ ഓരോ സാധനം വെജിറ്റബിളൊക്കെ കണ്ടില്ലേ വെണ്ടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വണ്ണാണ് ഹൈബ്രീഡ് ആണ് കണ്ടുകഴിഞ്ഞാ ശരിയാണത് പുറമേ കണ്ടാൽ ഉള്ളിലൊന്നുമില്ല മനുഷ്യൻ ഗവേഷണം നടത്തി നടത്തി നടത്തി ആകെ അപകടത്തിലേക്കാ പോയത് ഇതുപോലെ ഇവിടെ മത്സ്യം മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് വലുതാവാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം കൂപം ഇണട്ടിൽ കൊണ്ടോയ്ക്കും അത് കഴിഞ്ഞ് വാവി തടാകത്തിൽ കൊണ്ടോയിട്ടു അവസാനം കുളത്തിൽ കൊണ്ടുപോയിട്ടു അവസാനം അതിനെ സാഗരത്തിൽ തന്നെ കൊണ്ടുയിടാൻ നോക്കുമ്പോൾ രാജാവ് മത്സ്യത്തിന്റെ മുന്നിൽ കൈകൂത്തിക്കൊണ്ട് ചോദിച്ചു ആരാണ് അവിടുന്ന് സാധാരണ മത്സ്യമല്ല കാരണം ഇങ്ങനെ ടെക്നോളജി മാറുന്നു ആരാണ് അവിടുന്ന് എവിടുന്ന് വന്നു എന്താണ് ക്യം ദേവഹ അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് ഞാൻ ആരാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ പ്രകൃതിയിൽ പ്രളയം വരാൻ പോവാണ് ആ പ്രളയം മുഴുവൻ അങ്ങേക്ക് കാണിച്ചു തരണമെന്നുണ്ട് അതിനാണ് ഞാൻ മത്സ്യരൂപത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് യോഗപ്രഭാവാൽസ് അങ്ങനെ ഭഗവാൻ താൻ ഭഗവാൻ തന്നെയാണെന്നും മത്സ്യരൂപത്തിൽ വന്നിരിക്കുന്നത് സപ്താഹമാ സപ്താഹം ഏഴു ദിവസം കഴിഞ്ഞാൽ ഇവിടെ പ്രളയം വരാൻ പോവാണ് ആ പ്രളയം മുഴുവൻ അങ്ങേക്ക് കാണിച്ചു ഞാൻ വന്നിരിക്കുകയാണ് ഏഴു ദിവസം കാത്തിരിക്കൂ ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇടിയും മഴയും തകർത്തുകളെയും എല്ലാം വെള്ളത്തിലേക്ക് ആണ്ടുപോകും അങ്ങയെ അനുഗ്രഹിക്കാൻ സപ്തർഷികൾ പോണിയുമായി വരും അതിലേക്ക് അങ്ങ് പ്രവേശിക്കണം ഞാൻ മത്സ്യരൂപത്തിൽ വന്ന് അങ്ങേക്ക് അനുഗ്രഹം തരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അവിടുന്ന് അപ്രത്യക്ഷനായി നിട്ടോ പ്രാപ്തേ തൊതുവാരിപ്ലുദേ ഭൂമിതലേ മുനീന്ദ്ര സപ്തശിബീ സാർദ്ധമരവാരിയോത്രാം അഹനി ഭഗവാൻ പറഞ്ഞ ആ ദിവസം അവിടെ വന്നപ്പോഴേക്കും ഭൂമിതലേ വാരിദാര ഇടിയും മഴയും കൊണ്ട് വെള്ളം ഇങ്ങനെ കൂടിക്കൂടിക്കൂടി ഭൂമി മുഴുവൻ വെള്ളത്തിൽ ആണ്ടുപോയി ആ സമയത്ത് മഹർഷീശ്വരന്മാര് അങ്ങോട്ടതാ ഒരു തോണിയുമായിട്ട് വന്ന് ആ സപ്തർഷികള് സാർദ്ധം എല്ലാവരും കൂടി ചേർന്ന് മഹാരാജാവിനെ അതിലേക്ക് കയറ്റി അവരെല്ലാവരും ത്രണം യയോ ഭഗവാനത്തിന്റെ ശരണം പ്രാപിച്ചു ഭഗവാനോ അൽകമ്പ്രേശുർമഹീയൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് തദ്ദേശകരെയും നവരൂപിനിയും അവാപ്തും അവിടെ തോണിയിൽ വന്നു ചേർന്ന ആ സപ്തർഷികളുടെ കൂടെ രാജാവും സത്യവ്രത രാജാവും തോണികളിലേക്ക് കയറി എന്നിട്ടോ ആ തോണിയുടെ ഇളക്കം കൊണ്ട് അവർക്കെല്ലാം പേടി വന്നു കമ്പകംഭേഷു അത്രമാത്രം വെള്ളം ഇങ്ങനെ ഇളകി ഇളകി വരികയാണ് ആ സമയത്ത് ഭഗവാൻ അവിടെ വീണ്ടും അവതരിക്കുന്നു അമ്പുദേ ആവിരഭു എങ്ങനെയാണ് ഭഗവാൻ ആവിർഭവിക്കുന്നത് ഭഗവാന്റെ മത്സ്യാവതാരത്തെ പറയുന്നു ചഷകൃതി യോജനനച്ച ദീർഘാ പ്രദാനമുച്ചീ തരസേജസാം ത്രിചതുഷ്ട മുനേ ത്വ ത്തുംഗസീത്തരണിംബോ സർവത്ര ഗോവിന്ദനാമസംഗീർത്തനം നാരായണ നാരായണ നാരായണ നാരായണ ാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ സർ ഗോവിമ സങ്കീർത്തനം ചശാകൃതി യോജന ലക്ഷതീർക്കാം യോജനലക്ഷതീർക്കാം ലക്ഷം യോജനം വലിപ്പമുള്ള ശശാകൃതി മത്സ്യാകൃതി എടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ പ്രകടമായപ്പോ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന മഹിമയെ കണ്ടിട്ട് അപാര തേജസ് കണ്ട് വെരി ഉച്ചതുഷ്ടഹാമുനയ എല്ലാവരും സന്തുഷ്ടിയോടുകൂടി കണ്ട് ഭഗവാനെ അവിടെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഭഗവാന്റെ ശൃംഗത്തിൽ കൊമ്പിൽ ആ കോണിയെ ബന്ധിച്ചു കയറ വരുന്നത് ആരാണ് കയറായിട്ട് വന്നിരിക്കുന്നത് സുകിയെ കയറാക്കി വെച്ച് ആ തോണിയെ മത്സ്യാകൃതിയെടുത്തുവന്ന ഭഗവാന്റെ കുമ്പിൽ ബന്ധിച്ചു എന്നിട്ടോ അവരെല്ലാവരും കൂടെ ആകൃഷ്ണനോകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജകൽ വിഭാഗൻ സംസ്തൂയോ ജ്ഞാനം പരം ജോപതിജന്നധാരി ഇപ്രകാരം ഭഗവാൻ ആ തോണിയും വലിച്ചുകൊണ്ട് മുനിമണ്ഡലായ വിശ്വജകൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിഭാഗത്തെയും കാണിച്ചു കൊടുത്തു എന്നാണ് ഇതൊക്കെ നിങ്ങൾക്ക് കഥാരൂപത്തിൽ കേൾക്കുമ്പോ രസമാണ് എല്ലാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ പിന്നെന്താ കാണാനുള്ളത് ഉണ്ടോ സർവം വെള്ളത്തിലാണ് എന്നിട്ട് ഭഗവാൻ പലതും കാണിച്ചു കൊടുത്തുവെന്നാണ് പ്രദർശയൻ എന്നിട്ടോ സംസ്തൂയമാന ആ രാജാവ് ഭഗവാനെ സ്തുതിച്ചപ്പോ ജ്ഞാനം ഉപദേശൻ അദ്ദേഹത്തിന് പരമമായ ജ്ഞാനത്തെ മത്സ്യരൂപത്തിൽ വന്ന ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു കൽ സപ്തമുൻപൽ പ്രസ്താപ്യ സത്യവ്രതഭൂമിപന്തവാക്യം ക്രോധാൽ കൽപ്പാവതോ പ്രളയം അവസാനിച്ച സമയത്ത് സപ്തമുനീൻ പൊരോവൽ പ്രസ്താപ്യ ഏഴ് മുനീശ്വരന്മാരെയും പഴയ അവസ്ഥയിൽ തന്നെ സ്ഥാപിച്ചിട്ട് സത്യവ്രതഭൂമിപം ഈ ഭൂമിയുടെ രാജാവായ സത്യവ്രജനെ വീണ്ടും ഭൂമിയിലെ രാജാവായി വാഴിച്ച് വൈവസ്വതമനുമായി വാഴിച്ച് എന്നിട്ട് ക്രോധാൻ ഹയഗ്രീവം അഭിദ്രുത ഭഗവാൻ ക്രോധം കൊണ്ട് ആരെ വധിച്ചു ഹയഗ്രീവൻ അയാൾ ചെയ്തത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നും വേദം അവതരിച്ചു അയാളെ വധിച്ചു എന്നിട്ടോ സ്വതംഗ സംസന്തം നിപാത്യദൈത്യംജയേതൃ പ്രപഞ്ചനാകാരപഥേ പ്രഭായ പ്രപഞ്ചനാകാരവഥേ ഏ ഗുരുവായൂരപ്പ സ്വത്തുങ്ക ശൃംഗക്ഷത വക്ഷസം തന്റെ കൊമ്പുകൊണ്ട് മത്സ്യത്തിന് കൊമ്പുണ്ടാവുമല്ലോ പുറകില് ആ കൊമ്പുകൊണ്ട് അവന്റെ മാറി പിളർന്ന് അവനിൽ നിന്നും ദൈത്യം നിവാത്യ നിഗമാൻ ഗൃഹീത്വ നിഗമങ്ങളെ വേദങ്ങളെ അവനിൽ നിന്ന് എടുത്തുകൊണ്ട് വീതഹൃദയ വിരിഞ്ചേതാന വീതനായി തീർന്ന വിരിഞ്ചന് ബ്രഹ്മാവിന് കൊടുത്തുകൊണ്ട് ഭഗവാൻ സന്തോഷിപ്പിച്ചു ഇപ്രകാരം സന്തോഷിപ്പിച്ച ഗുരുവായപ്പ ബ്രഹ്മാവിന് വേദം കൊടുത്ത് ഉയർത്തിയതുപോലെ എന്നെയും ഇവിടുന്ന് ഉയർത്തേണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസമരിപ്പിക്കുന്നു ഈ കഥ നമുക്ക് ഒരു സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ല കാരണം പ്രളയത്തിൽ ഒരു രാജാവ് മാത്രം രക്ഷപ്പെടുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റോ പറ്റുമോ ഒരാൾ മാത്രമായിട്ട് പ്രളയത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് പറ്റുമോ ഇനി പ്രളയജലത്തിൽ ഇവർ ഏഴ് പേരിങ്ങനെ പോവുക ഒരു മത്സ്യം വരിക എന്നൊരു വാസുകിയെ കൊണ്ട് കെട്ടുക ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇമ്പോസിബിൾ ആയിട്ടുള്ള കഥകളാണതൊക്കെ അല്ലേ അപ്പൊ എന്തായിരിക്കണം ഇതിനൊക്കെ ഉള്ളിലൊരർത്ഥം ഇതിന്റെ പിന്നിലൊക്കെ താത്വികമായി നമുക്ക് ചിന്തിക്കാനുണ്ട് കഥ പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു എന്താണ് പൂർണമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗ്രഹിക്കാൻ പറ്റാത്ത കഥകളാണ് ഒരാൾ മാത്രം പ്രളയത്തിൽ രക്ഷപ്പെടുക പിന്നെ ഏഴ് പേരിങ്ങനെ വെള്ളത്തിൽ നിൽക്കുക അതും എത്രയോ പ്രളയ ദിവസം മുഴുവൻ വെള്ളത്തിൽ രണ്ടു ദിവസം തന്നെ ഭക്ഷണം കഴിച്ചില്ലേ നമ്മൾ ഔട്ടാവും ഇവിടെ വെള്ളം മുകളിലൊക്കെ മണ പെയ്തോണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവർ തോണി കയറിയിട്ട് എന്താ കാര്യം ഇല്ലേ ചിന്തിക്കുന്നങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിനൊന്നും ഉത്തരം ഉണ്ടാവില്ല ആകെ കൺഫ്യൂഷനാണിതൊക്കെ അതുകൊണ്ട് നമ്മൾ കഥയിൽ നിന്നും കാര്യം പഠിച്ചെടുക്കണം എന്ന് പറയുക അപ്പെന്തായിരിക്കണം മത്സ്യാവതാരം വെള്ളത്തിൽ ജനിച്ചു അത് വലുതായി പറഞ്ഞാൽ മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ജീവഭാവത്തെയാണ് മത്സ്യം എന്ന് പറയുന്നത് ജീവനെയാണ് മത്സ്യം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനോട് ചേർന്നിരിക്കുന്ന ജീവചൈതന്യത്തെയാണ് ഭഗവത് ചൈതന്യത്തെയാണ് ആ മത്സ്യം വലുതായി എന്ന് പറഞ്ഞാൽ ബീജ ബീജരൂപത്തിൽ വന്ന് അത് ഗർഭപാത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ജീവന് ആഗ്രഹം എന്താണ് ഓരോ ജീവനും എന്തായിരിക്കണം ആഗ്രഹം വലുതാവണം വലുതാവണം വലുതാവണം ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് ജീവനും ആഗ്രഹം വലുതാവണം ഇനി നമുക്ക് മാത്രമല്ല ചെടികളുടെ വിത്തുകൾക്ക് പോലും ആഗ്രഹം വലുതാവണമെന്ന് പക്ഷികളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ആഗ്രഹം വലുതാവണം എല്ലാവർക്കും വലുതാവണം എല്ലാവരുടെ ഉള്ളിലും പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട് എന്ന് there is a inner thirst നമ്മുടെ ഉള്ളിലൊരു ആഴത്തിലുള്ള തേഴ്സ്റ്റ് ഉണ്ട് ഐ ഷുഡ് ബികം പെർഫെക്റ്റ് എന്ന് എല്ലാവർക്കും ഒരു പെർഫെക്ഷന് വേണ്ടി ഒരു ഡിസയറുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയില്ല വാട്ട് ഈസ് പെർഫെക്ഷൻ നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഭൗതിക പുരോഗതിയാണ് എക്സ്റ്റേണൽ പ്രോഗ്രസിനെയാണ് ആളുകൾ പെർഫെക്ഷനായിട്ട് കാണുന്നത് ജോലി ശമ്പളം വീട് രണ്ട് കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ കോട്ട തയഞ്ഞുവല്ലോ അപ്പം പെർഫെക്റ്റ് ആയി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ വീണിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല അപ്പൊ ആരെങ്കിലും ചോദിക്കുക കല്യാണം കഴിഞ്ഞോ ദസൻ നേരയില്ല നർത്ഥം ഇനി കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക കുട്ടികളായിട്ടില്ലെങ്കിലോ നേരെയാവില്ല അർത്ഥം അവന്റെ റേഞ്ചിലെത്തിയിട്ടില്ലാത്ത അർത്ഥം അവന്റെ ഫ്രെയിമിലാവണെങ്കിൽ കുട്ടികൾ അതും ഒരു കുട്ടിണ്ടായാ പോരാ രണ്ടെണ്ണം തന്നെ വേണം എന്നാൽ പെർഫെക്ഷൻ ആവണം ഇതാണ് സാധാരണ മനുഷ്യൻ പെർഫെക്ഷനെ കൊണ്ടു നടക്കുന്നത് വിവേകാനന്ദ സ്വാമികള് അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കപ്പലിലൊരു കുട്ടിയിലായിരുന്നു ആ കുട്ടി വിവേകാനന്ദ സ്വാമിയിലോട് ചോദിച്ച് ചോദ്യതാണത്രേ നാണോ ഇല്ലേ ഈ കാവ്യ വസ്ത്രം ധരിച്ച് അമേരിക്കയിൽ പോയിട്ട് യാചിക്കാറുണ്ട് അറിയൂ ഷെയം റോഫി പോ വിവേകാനന്ദ സ്വാമികൾ വളരെ കൂളായിട്ട് അറിഞ്ഞോ എനിക്ക് നാണവില്ലേ എനിക്ക് നിന്നും ഓർക്കുമ്പോൾ നാണൻ വരുമോന്ന് തിരിച്ചങ്ങോട്ട് എന്നെക്കുറിച്ച് എന്തിനാ നിങ്ങൾ നാണിക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലെ യാചിക്കാനല്ല പോണത് ഞാനുണ്ടല്ലോ പഠിക്കാൻ പോവുകയാണെന്ന് അപ്പൊ അന്ന് വിവേകാനന്ദ സ്വാമികൾ എം ഇംഗ്ലീഷ് ഒക്കെ പഴു ആളാണ് അത്ര അന്ന് എം ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ കാലത്ത് എന്ന് അന്ന് സിവിൽ സർവീസിന് ഈക്വലാണ് അദ്ദേഹത്തിന്റെ ഡയറക്റ്റായിട്ട് അന്ന് സിവിൽ സർവീസ് എക്സാമൊന്നും ഇല്ലല്ലോ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അങ്ങനെ പോവാൻ സാധിക്കും പക്ഷെ അദ്ദേഹം ആത്മീയതയുടെ മാർഗം തെരഞ്ഞെടുത്ത് അപ്പൊ ഈ കുട്ടിയോട് ചുറ്റുനീം കണ്ടാ അമേരിക്കയിലേക്ക് എന്തിനാണെന്ന് വെച്ചു എം എടുക്കാൻ ഓഹ് അതെടുത്താൽ എന്താവും ഡോക്ടറാവും അത് കഴിഞ്ഞാലോ ഇന്ത്യയിൽ തിരിച്ചു എന്നിട്ടോ ഒരു ഹോസ്പിറ്റല് തുടങ്ങും എന്നിട്ടോ ചികിത്സിക്കാൻ തുടങ്ങും എന്നിട്ടോ കാശു കുറേ സമ്പാദിക്കും അപ്പൊ തന്നെ ഉറപ്പാണ് ഈ ചികിത്സ എന്നിട്ടോ വളരെ പണക്കാരുടെ വീട്ടിൽ കല്യാണം കഴിക്കും എന്നിട്ടോ കുട്ടികളാവും എന്നിട്ടോ അവരെയും ഡോക്ടറാക്കും എന്നിട്ടോ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി വികസിപ്പിക്കും എന്നിട്ടോ അങ്ങനെ വലുതായി അവരെയും കല്യാണം കഴിപ്പിക്കും അവരുടെ ഭാര്യമാരും ഡോക്ടറാവും എല്ലാവരും വേണല്ലോ രോഗികളെ നോക്കാൻ അപ്പോഴോ അത് കഴിഞ്ഞ് പ്രായമാവും അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ് മരിക്കും വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മരിക്കുന്നതിന് ഈ കടലിലേക്ക് ചാടിയ ഇപ്പൊ തന്നെ നിനക്ക് മരിച്ചൂടെ ഈ ഡോക്ടറായി വന്ന് കല്യാണം കഴിച്ച് കുട്ടികളായി അവരെ എം ബി ബി ഭാര്യമാർ എം ആയി എന്നിട്ട് ചാവടേക്കാൾ നല്ലത് നേരെ വെള്ളത്തിലേക്ക് ചാടി പണി കഴിഞ്ഞു അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് മരണമാണ് അതിന്റെ പെർഫെക്ഷൻ കഴിഞ്ഞു എന്നിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ഞാൻ മരിക്കാതിരിക്കാനാണ് അമേരിക്കയിൽ പോയി പറയാൻ പോണത് മരിക്കാതിരിക്കാനൊരു വഴിയില്ല ആളുകൾ ധരിച്ചിരിക്കുന്നത് എക്സ്റ്റേണലായിട്ടുള്ള ഒരു വികാസമാണ് വികാസം എന്നാണ് എന്നാൽ പൊതുവെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റൊന്ന് ആത്മീയത എക്സ്റ്റേണലിന് ലഘിതരാണെന്നാണ് അതല്ല നമുക്ക് എക്സ്റ്റേണലും വേണം ഇനി ഇന്റേണലും വേണം നമുക്കറിയാം ഒരു പോയിന്റ് അത് വികസിച്ചിട്ടാണ് ഒരു റൌണ്ടാവുന്നതെങ്കിൽ ആ റൌണ്ടിനൊരു രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കണം ത്രീ സിക്സ്റ്റിയിൽ ഒരു വൺ എയ്റ്റിക്ക് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വൺ എയ്റ്റി ഉണ്ടായിരിക്കും എക്സ്റ്റേണൽ ഗ്രോത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൺ ഇന്റേണൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ കാണുന്നത് എക്സ്റ്റേണൽ വൺ എയ്റ്റി കാണുന്നുണ്ട് കാണുന്നില്ല ഇന്റേണൽ വൺ അതുകൊണ്ടാണ് പെർഫെക്ഷൻ തോന്നാത്തത് അപ്പൊ ഏതാണ് ഇന്റേണൽ ആയിട്ടുള്ളൊരു വൺ എയ്റ്റി പറയാണ് വികാസം എന്ന് പറയുന്നത് ഭൗതികമാണെങ്കിൽ എന്നും വികാസം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാൽ നമ്മുടെ കൂടെ ഇല്ല നാം ജീവിതത്തിൽ പൂർണ്ണമായി തൃപ്തരായിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എല്ലാം മറന്ന് ലയിച്ചിരിക്കുന്നൊരു അനുഭൂതിയിലാണ് മനസ്സ് എല്ലാം മറന്ന് ലയിച്ചിരിക്കുന്ന അനുഭൂതിയിൽ നിങ്ങൾക്ക് ഒന്നിന്റെ ഒരു കുറവില്ല ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും സമയമുണ്ടോ നിങ്ങൾക്കൊന്നിന്റെ ഒരു ആവശ്യമില്ലാത്ത ദുഃഖവും സുഖവുമില്ലാത്ത കംപ്ലീറ്റ് പെർഫെക്ഷന്റെ ഒരു സ്റ്റേജ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇല്ല ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ദുഃഖവുമില്ല സുഖവുമില്ല ഏറക്കത്തിലില്ലേ ആ സമയത്ത് നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഒരു പെർഫെക്ഷനിലാണ് ഒന്നിന്റെ ഒരു കുറവില്ല അങ്ങനെ ഒരു സ്റ്റേജുണ്ടല്ലോ അതെവിടെ നിന്ന് വന്നു അതെവിടെ നിന്ന് വന്നു അതുമല്ല ബാഹ്യമായ വസ്തുവിലും ചേർന്നിട്ടാണോ വന്നത് ബാഹ്യമായ വസ്തു ഒന്നുമില്ലല്ലോ അവിടെ ഉറക്കത്തിൽ ഭാര്യയുമില്ല ഉറക്കത്തിൽ ഭർത്താവുമില്ല മക്കളുമില്ല വീടുമില്ല ഒന്നുമില്ല എവിടെ നിന്ന് വന്നു അത് ആ പെർഫെക്ഷൻ വന്നിരിക്കുന്നത് ഉള്ളിൽ തന്നെയാണെന്ന് പറയാണ് അപ്പൊ ഉള്ളിലൊരു പൂർണ്ണമായൊരു സത്തയുള്ളതുകൊണ്ടാണ് നമുക്കെല്ലാം പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുള്ളത് അത് നമ്മൾ അറിയാത്തതുകൊണ്ട് കേവലം എക്സ്റ്റേണലായിട്ടുള്ളൊരു പെർഫെക്ഷൻ മാത്രം നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് അത് പെർഫെക്ഷൻ ആവാതെ നമ്മൾ ദുഃഖിപ്പിക്കുന്നത് എന്നാൽ എന്ന് നമ്മൾ മനസ്സിനെ ഉള്ളിലിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ആ ചൈതന്യ സത്തയിലേക്ക് ക്രമേണ ലയിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നോ എന്ന് മനസ്സതിൽ ലയിക്കുന്നോ അന്ന് നിങ്ങൾക്ക് ഇന്റേണലി പെർഫെക്റ്റ് ആവാൻ സാധിക്കും മനസ്സിലായില്ല പൂർണ്ണമായ വസ്തുവിൽ മനസ്സിലയിച്ചാൽ അനുഭവവും എന്തായിരിക്കണം പൂർണ്ണമായിരിക്കും അപൂർണമായ വസ്തുവിൽ മനസ്സിലയിച്ചാൽ അനുഭവം അപൂർണമാവണം നമ്മുടെ എക്സ്റ്റേണലായിട്ടുള്ള അനുഭവങ്ങളൊന്നും തൃപ്തി തരാത്തതിന് കാരണം ഒന്നും അവിടെ പൂർണ്ണമല്ല ദിക്തികരമായിട്ടുള്ള ബന്ധം കാര്യമൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമുക്കറിയാം ഒരു വ്യക്തിയോടും നമുക്ക് പൂർണ്ണമായി ലയിച്ചു തേരാൻ സാധ്യത മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ശരി തന്നെയാണ് എല്ലാവരെയും കൂടുതൽ അടുത്ത് നിൽക്കട്ടെ നമുക്ക് ഭ്രാന്തി പിടിക്കും കാരണം എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ല അതുകൊണ്ട് നമുക്ക് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെയല്ല ആണോ എല്ലാവരുടെയും ആഗ്രഹം ഒരുപോലെയാണോ അപ്പൊ നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ സീരിയൽ കാണുന്നു എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുണ്ടോ ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല ചിലതൊന്നും നിങ്ങൾ നിങ്ങൾക്കറിയാതെ ഒരു അഡ്വെർടൈസ്മെന്റിന് വേണ്ടി ആഡ് ചെയ്യണമെന്നുണ്ട് ഒരു കാര്യവും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യല്ല എക്സ്റ്റേണലി ഇന്നേ ഒരാൾക്കും പൂർണ്ണ പെർഫെക്ഷൻ അനുഭവിക്കാൻ സാധിച്ചില്ല സാധിക്കുമില്ല ഒരാൾ പറയുന്നു കല്യാണം കഴിച്ച പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞാൽ വിഡിറ്റം പറയാണ് ആ ഭർത്താവുമായി ആ കാര്യവുമായി പൂർണ്ണമായി യോജിക്കാൻ അയാൾക്ക് സാധ്യല്ല കാരണം ചിലയിടത്തെല്ലാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേ പറ്റുള്ളൂ കാരണം ഹ്യൂമൻ നേച്ചർ തിങ്ക് ഡിഫറെ അതങ്ങനെയാണത് ചിലയിടത്തൊക്കെ നമ്മള് സഹകരിക്കും ചിലയിടത്തൊന്നും നമ്മള് സഹകരിക്കുക നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാക്കും നിങ്ങൾ പറയുന്നത് ശരിയില്ലയെന്ന് തന്നെ പറയും ഭാര്യ ഇല്ലേ കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ചില ഏരിയകളിൽ നമുക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് എക്സ്റ്റേണലി നമുക്ക് പൂർണ്ണമായും ഒരാളെയും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി ഈവൺ നിങ്ങൾ വീട് കെട്ടിന്നെയായിരിക്കുക നിങ്ങൾക്ക് വീട് വലുതാവണമെന്ന് മോഹമുണ്ട് പക്ഷെ വീട് വലുതായ അടിച്ചു വരാൻ ആളില്ലാന്ന് വിഷമമുണ്ട് നോക്കൂ ഒരു വശത്ത് നമുക്ക് സൌകര്യം വേണമെന്നുണ്ട് ഇത് കൊണ്ടുനടക്കാൻ സാധ്യല്ല എന്നുള്ള വിഷമമുണ്ട് ചിന്തിക്കുന്നു നിങ്ങൾ എവിടെയാണ് മനുഷ്യൻ പെർഫെക്റ്റ് ആവുന്നത് ഇനി നമ്മൾ കുറെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പൈസ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യം കൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് പെർഫെക്റ്റ് ആവാൻ സാധ്യല്ല പലതും നമുക്ക് സാധ്യമല്ല മോഹിക്കാനേ പറ്റുള്ളൂ കാര്യം ഐസ്ക്രീം കഴിക്കണമെന്ന് ഷുഗർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ തന്നെ ഉള്ളെന്ന് വിളിച്ചു പറയുന്നുണ്ട് സൂക്ഷിച്ച് കയറ്റിയാൽ മതിയെന്ന് അല്ലെങ്കിൽ ഇനി ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരുന്നത് പായസം രണ്ട് ഗ്ലാസ് കാണുമ്പോ തന്നെ നമുക്ക് അനസീഷ്യ പകുതി തന്ന പോലെയാണ് കാരണം കഴിക്കുമ്പോഴേക്കും നമുക്ക് പേടി വരുന്നു കാര്യമോഹണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല അപ്പൊ പിന്നെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നു പൂർണ്ണമായ വസ്തു ഇവിടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം തന്നെയാണെങ്കിൽ അതിൽ മനസ്സിനെ ലയിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൽ കിട്ടുന്ന ഒരു അനുഭൂതിയാണ് യഥാർത്ഥമായ പെർഫെക്ഷൻ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്ഥ പൂർണ്ണമാധായ പൂർണ്ണമേവ അവശിഷ്യത അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ പെർഫെക്ഷൻ അനുഭവിക്കാൻ സാധിക്കും ഒന്ന് വും ധ്യാനം എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിലെ തന്റെ ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് കുറച്ചുനേരം കിഞ്ചിദി ചിന്തയേത് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മനസ്സിലെ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ അനുഭൂതിയിലേക്ക് ലയിപ്പിക്കുന്ന ആ പ്രക്രിയ അതിനെ ധ്യാനം എന്ന് പറയും ധ്യാനവും വേണം രണ്ടാമത്തത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ാനുള്ള നമ്മുടെ മനസ്സുകൊണ്ടിതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം അതിനെയാണ് എന്താ പറയുക ആറ്റിറ്റ്യൂഡ് എന്ന് പറയും മനോഭാവവും വേണം അപ്പൊ ധ്യാനവും മനോഭാവവും ഉള്ള ഒരാൾക്ക് മനോഭാവം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകൾ അർത്ഥം എപ്രകാരം നമ്മൾ അതിനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എളുപ്പം പറഞ്ഞാൽ വും സഹകരണവും ലൌകിക ജീവിതത്തോട് സഹകരിച്ചും ആത്മീയ ജീവിതത്തിൽ അതിൽ മനസ്സുറപ്പിച്ചും ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ച് പെർഫെക്ഷൻ ഈ ജീവിതത്തിൽ ഇവിടെ തന്നെ അനുഭവിക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ഭൌതിക ജീവിതത്തിൽ സഹകരിക്കല്ല ചെയ്യുന്നത് ഭൌതിക ജീവിതത്തിൽ മുഴുകിപ്പോവാണ് ചെയ്യുന്നത് ഈശ്വരനോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഉറപ്പ് കിട്ടാത്തത് ഈശ്വരനിൽ മനസ്സിൽ ഉറപ്പിക്കണം ആത്മാവായ ഭഗവാനിൽ ഉറപ്പിക്കണം ലൌകിക ജീവിതത്തിൽ സഹകരിക്കണം നമുക്ക് മുഴുകാൻ സാധ്യല്ല നിങ്ങൾ മുഴുകിയോ നിങ്ങൾ അപകടത്തിലാണ് കാരണം കുറെ കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതാണ് ഈ ലവ് മാരേജ് ഒക്കെ പരാജയാവേണ്ടത് അവരങ്ങോട്ട് പ്രേമെന്ന് പറഞ്ഞ് മുഴുകും പിന്നെ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പല ഏരിയകളിലും നമുക്ക് സഹകരിക്കാൻ സാധ്യല്ല അപ്പോഴേക്കും അവർ തെറ്റും അതുകൊണ്ട് അവർ രണ്ട് എന്റിലേക്ക് പോകും ഒന്നുകിൽ കൂടുതൽ അടുക്കും പിന്നീട് അങ്ങോട്ട് കൂടുതൽ ബെന്റ് ഈ വില്ലുപോലെയാണ് അവർ ആരോ പോലെയാണ് ഒന്നുകിലത് ബെന്റ് ചെയ്ത് നിൽക്കും അത് പിടുത്തം വിട്ടാൽ ടപ്പ് ഒരു ഗോക്ക് പോയി കഴിഞ്ഞോ പ്രേമം കഴിഞ്ഞോ അതെന്തുകൊണ്ടാച്ചാൽ അവരെ സഹകരിക്കുകയല്ല ചെയ്യുന്നത് അവർ കോപ്പറേറ്റ് ചെയ്യല്ല ചെയ്യുന്നത് അവരങ്ങോട്ട് മുഴുകിക്കളയാണ് മുഴുകി കഴിഞ്ഞോ നിങ്ങൾ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ് ഏത് വിഷയത്തിലും നിങ്ങൾ കൂടുതൽ മധുരത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അവസാനം എന്താ ഇത് കിട്ടുന്നത് രോഗമാണ് വരാൻ പോകുന്നത് ഏതനുഭവത്തിലും ഓവർ ഇൻഡർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേ മനുഷ്യൻ എയ്ഡ്സ് വരുന്നതും മനുഷ്യൻ ഷുഗർ വരുന്നതും ഒക്കെ ഇന്റലിജൻസിലാണ് കൂടുതൽ അമിതമായൊരു അമിതമായൊരു അനുഭവങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് സഹകരിഷനെ പാടുള്ളൂ മുഴുകാൻ പാടില്ല എന്നാൽ ഏതിൽ മുഴുകണം ഭഗവത്കാര്യത്തിൽ മുഴുകാൻ സാധിക്കണം ഇത് ഏതൊരു വ്യക്തിക്ക് സാധിക്കുന്നു അവർക്ക് ജീവിതത്തിൽ പെർഫെക്ഷൻ അനുഭവിക്കാൻ സാധിക്കും ഒരു ദുഃഖമില്ലാതെ അവർക്ക് ജീവിതത്തെ മാനേജ് ചെയ്യാൻ സാധിക്കും ഇന്ന് പലർക്കും ഇത് സാധിക്കാത്തതിന് കാരണം പലരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്റെ കൂടെയുള്ളവരൊക്കെ ഞാൻ വിചാരിച്ച പോലെ പെരുമാറണം അവരുടെയൊക്കെ സ്വഭാവം എന്റെ സ്വഭാവം പോലെ ആവണം അങ്ങനെയൊക്കെയാണ് ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേന്ന് അപ്പൊ തന്നെ ഉറപ്പുള്ള അയാളുടെ ബുദ്ധി ശരിയില്ല എന്നുള്ളത് അപ്പോൾ ആകെ നല്ല ബുദ്ധിയുള്ള കാര്ക്കാണ് എനിക്ക് മാത്രം ഇപ്പൊ എന്നെപ്പോലെ എന്റെ ഭർത്താവ് ചിന്തിക്കണമെന്നൊരു ഭാര്യ ചിന്തിച്ചാൽ സാധ്യമായ കാര്യമാണോ മക്കളെ തന്നെപ്പോലെ ചിന്തിപ്പിക്കാൻ ഒരമ്മയും അച്ഛനും പ്രയത്നിച്ചാൽ സാധ്യമാണോ അതുകൊണ്ടാണ് അവർ മക്കളോട് ഫൈറ്റ് കൂടുന്നത് അവിടെ ഇരിക്കണ അവിടെ ഇരിക്കണ അങ്ങോട്ട് നോക്കരുത് ഇടാ ഇവിടെ അവരാണെങ്കിൽ ജീവിതത്തിൽ പ്രതിജ്ഞയും വലുതാവട്ടം എന്നൊരു കാണിച്ചിരുന്ന ആ അച്ഛനെയും അമ്മയെ അവൻ നോക്കൂ പിന്നെ നമ്മള് എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കണം എന്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് ഞാൻ എല്ലാറ്റിനോടും സഹകരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി എവിടുന്ന് നേടണം എന്റെ ആത്മീയ ശക്തിയിൽ നിന്ന് ഞാൻ നേടിയെടുക്കണം മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ട് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനും സഹകരിക്കാനും നമുക്ക് ശക്തി തരും ഇന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാനും സഹകരിക്കാനും ശക്തിയില്ലാത്തതിന് കാരണം യഥാർത്ഥ ആത്മീയതയല്ല അവർ കൊണ്ടു നടക്കുന്നത് അമ്പലഭക്തി മാത്രമാണ് കൊണ്ടു നടക്കുന്നത് വെറും വിഗ്രഹാരാധന അതും അവർ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്റെ താളത്തിനനുസരിച്ച് മറ്റുള്ളവര് ായിത്തീരണം എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് അത് ശരിയല്ല എന്ന് പറയാം ഇതാണ് നമ്മൾ മത്സ്യാവതാര കഥയിൽ നിന്നും പഠിക്കേണ്ടത് അപ്പൊ മത്സ്യം എന്ന് പറയുന്നത് നമ്മളിലെ ജീവനാണ് അതിന്റെ പൂർണ്ണതയാണ് പ്രളയം എന്ന് പറയുന്നത് മനുവിന് സത്യപ്രതനായിരിക്കുന്ന രാജാവിന് പ്രളയം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകർഷണ ലയം എപ്പോ നമ്മുടെ മനസ്സ് ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ ജയിക്കുന്നുവോ അന്ന് നമ്മൾ പ്രളയം കണ്ടു എന്ന് പറയുക പ്രളയം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം വെള്ളത്തിൽ മൂടുന്ന അവസ്ഥയ്ക്കാണ് പ്രളയം എല്ലാം ഈശ്വര ചൈതന്യത്തിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രളയം എന്ന് പറയുക അതിന് ബ്രഹ്മപ്രളയം എന്ന് പറയും ബ്രഹ്മപ്രളയം ബ്രഹ്മപ്രളയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബേക്കറിയിൽ പോയിട്ട് അനവധി പലഹാരങ്ങൾ കാണുമ്പോൾ അതിലൊരു പലഹാരം എടുത്ത് നാവിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ മധുരമുണ്ട് ബാക്കിയെല്ലാം മധുരമുള്ളതാണെന്ന് മനസ്സിലായാൽ ഓരോന്നിലുമുള്ള ഷുഗർ നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ടോ മധുരം കൂടുതലുണ്ടോ കുറയാന്ന് നോക്കാം അത് നോക്കാം നിങ്ങൾക്ക് പക്ഷെ എല്ലാറ്റിലും ഷുഗറാണോ നോക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പലഹാരങ്ങൾ അനുവദിക്കാണുമ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും ഇതിലെല്ലാം ഉള്ളത് ഒരേ മധുരമാണ് ഞങ്ങൾ മധുര മുങ്ങി എന്ന് പറയണം അതുപോലെ നിങ്ങൾ ജ്വല്ലറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആഭരണങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് കൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രളയത്തിൽ മുങ്ങി സ്വർണപ്രളയത്തിലും മുങ്ങി ഇതുപോലെ നിങ്ങൾ ധ്യാനത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെ ആത്മാവായ ഭഗവാനിൽ ലയിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രളയത്തിൽ മുങ്ങി ബ്രഹ്മപ്രളയത്തിലും മുങ്ങി അങ്ങനെ ഒരു അനുഭൂതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഉറക്കത്തിലുള്ളൊരു പ്രളയമുണ്ട് അതാണ് അന്ധകാരത്തിന്റെ പ്രളയം നിങ്ങൾ അവിടെ ഒരു പ്രളയത്തിലാണ് ഒന്നും നിങ്ങൾ അറിയുന്നില്ല പൂർണമായ അന്ധകാരം ആ അന്ധകാരത്തിൽ മുങ്ങുന്നതിനെയാണ് ആചാര്യന്മാര് ആ പ്രളയത്തിന്റെ പേര് പറയും നിത്യപ്രളയം എന്ന് പറയും നിത്യവും നമ്മൾ പ്രളയത്തിലേക്ക് പോകുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നിത്യപ്രളയം ബ്രഹ്മപ്രളയം ബ്രഹ്മപ്രളയം എന്ന് പറഞ്ഞാൽ മനസ്സ് ഈശ്വരനിലേക്ക് ലയിക്കുന്നതിനെയാണ് ബ്രഹ്മപ്രളയം ഇനി മറ്റൊരു പ്രളയമുണ്ട് അതിനെയാണ് പ്രാകൃതപ്രളയം എന്ന് പറയുന്നത് പ്രാകൃതം എന്ന് പറഞ്ഞാൽ ശരീരം മണ്ണിലേക്ക് ലയിക്കുന്നതിനെ പ്രാകൃത പ്രകൃതിയിലേക്ക് ലയിക്കുന്നതിനെ പ്രാകൃത പ്രളയം എന്ന് പറയാൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിച്ചാൽ അനുഗ്രഹീതമായൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ എന്നോ നടന്ന കഥയല്ല നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടെന്ന കഥ തന്നെയാണ് മനസ്സിന്റെ വികാസം തന്നെയാണ് പറയാം അടുത്തതാണ് അംബരീഷ ചരിത്രം മുപ്പത്തിമൂന്നാമത്തെ ദശകം ഭാഗവതത്തിലെ ഒൻപതാമത്തെ സ്കന്തത്തിൽ വരുന്ന അഞ്ചാമത്തെ അധ്യായത്തില് വിസ്തരിക്കുന്ന കഥയാണ് അംബരീഷന്റെ നാബാകുത്രനായ അംബരീഷന്റെ കഥ എന്താണത് മനുവിന് പണ്ട് പുത്രനായിട്ട് മകനായിട്ട് നാഭാകൻ എന്ന് പറയുന്ന രാജാവുണ്ടായി അയാളുടെ പുത്രനായിരുന്നു നാഭാഗപുത്രനായി നഭാകൻ എന്ന് പറയുന്ന രാജാവിന്റെ പുത്രൻ നാഭാകൻ അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു അംബരീഷൻ അംബരീഷൻ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം സപ്താർണവാൃതമഹീതീത സപ്താർണവം ഏഴ് സാഗരങ്ങളാൽ ചുറ്റിപ്പെട്ട ഏഴ് ദ്വീപുകളുടെ ചക്രവർത്തി ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഭൂമി എന്ന് പറയുന്നത് എത്ര ദ്വീപുകളാണ് സപ്തദ്വീപുകളാണ് നമ്മൾ ഏഷ്യൻ ഇതൊരു ദ്വീപാണ് ഏഷ്യൻ ഭൂഖണ്ഡം അല്ലേ ഏഴ് ദ്വീപുകളുടെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ മിക്കവാറും അംബരീഷൻ ഈ ഭൂമിയുടെ തന്നെ ചക്രവർത്തിയണം നമ്മള് കൊളംബോ അമേരിക്ക കണ്ടെത്തിയെന്ന് പറയുന്നതിനു മുമ്പുള്ള കഥയാണ് ഇതൊക്കെ കൊളംബോ അമേരിക്ക കാണുന്നതിന് മുമ്പ് അതിനും വലിയ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് ഇന്ത്യ തന്നെ ഭൂമി തന്നെ മരിച്ചവര് ഏഴ് സപ്തം എന്നിട്ടോ അതിനേക്കാൾ ഇതൊക്കെ മരിച്ചിട്ടും അദ്ദേഹത്തിന് ഭഗവാനും ഭക്തന്മാരുമായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത് തന്റെ രാജ്യമോ തന്റെ പത്നിയോ തന്റെ കുട്ടികളോ ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് വലിയ സമ്പത്തായി തോന്നിയത് അങ്ങനെയുള്ള രാജാവായിരുന്നു ആര് ഭഗവാനെ സമ്പത്തായി കണ്ടുകൊണ്ട് രാജ്യം ഭരിച്ച ചക്രവർത്തിയായിരുന്നു അംബരീഷൻ എന്നിട്ടോ തൊൽപ്രീതയേ സകലമേവ വിധന്നതോ പ്രസാദം ചക്രംഭവൻ പ്രവിതാര സഹസ്രധാരം എന്തു ചെയ്യുമ്പോഴും തൊൽപ്രീതയെ ഭഗവാൻ പ്രീതനാവണേ സന്തോഷിക്കണേ എന്ന രീതിയിൽ അദ്ദേഹം ജീവിതം കൊണ്ടു നടന്നപ്പോ അസ്യഭക്തി അതിരാൽ പ്രസാദം ഭഗവാൻ അനുഗ്രഹിച്ചുവെന്നാണ് എന്താണ് അസ്യയാചനം അഭി ഭഗവാനോട് യാചിക്കാതെ തന്നെ ഭഗവാൻ സഹസ്രതാരം ചക്രം പ്രതി ഭഗവാന്റെ സുദർശന ചക്രം അദ്ദേഹത്തിന് കൊടുത്താണ് ഈ കഥ ഭാഗവതത്തിൽ ഇങ്ങനെ ഇല്ല ചക്രം കൊടുത്തു എന്നുള്ള കഥ ഭാഗവതത്തിൽ ഇല്ല പിന്നീട് ചക്രം വരുന്ന കഥയുള്ളൂ എന്നാൽ ഭട്ടതിരിപ്പാട് അഡ്വാൻസ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട് കാരണം പട്ടുതിരിപ്പാട് കേരളത്തിലാളായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ചിലതൊക്കെ അഡ്വാൻസ് ആയിട്ട് ഭഗവാനോട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ചിലത് കിട്ടില്ല എന്നുള്ളത് അറിയാം ഏതായാലും ഭഗവാൻ ആദ്യം തന്നെ ഏതാ ചക്രത്തെ അയച്ചു എന്നിവിടെ പറയാണ് എന്നിട്ടോ സാത്വാദശീ വ്രതമതോ ഭവദർത്ഥം വർഷം സുമനസാമഹതി അങ്ങനെ എനിക്ക് ആ അംബരീഷ ചക്രവർത്തി യമുനോപകണ്ഡേ മധുവനെ വൃന്ദാവനത്തിൽ മധുവനത്തിനടുത്തുള്ള യമുനതിക്കരയിൽ അദ്ദേഹം പത്നയാതമം പത്നിയോട് കൂടിയിട്ട് ദ്വാദശീവ്രതം അനുഷ്ഠിച്ചു എന്നിട്ടോ ദിജേഷു ബ്രാഹ്മണർക്ക് പശുഷ്ടി കോടിജൻ അറുപത് കോടി പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു എത്ര കേമനായിരിക്കണം അത്രയധികം ഗംഭീരനായിട്ടുള്ള ചക്ര അറുപത് കോടി പശുക്കൾ ചിന്തിക്കാൻ പറ്റുമോ ഇന്നും വൃന്ദാവനത്തിൽ പോയ ലക്ഷക്കണക്കിന് പശുക്കളെ കാണാൻ നിക്ക് അത്രയും പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു എന്നാണ് ഇങ്ങനെ അദ്ദേഹം ദ്വാദശീവ്രതം അനുഷ്ഠിച്ചു എന്നിട്ടോ ദുർവാസ സാസ്യമുനം പരാപ്തിശീലോ മന്ദം ജഗാമയമുനം നിയമാൻവിതാസ്യം അങ്ങനെ ദ്വാദശി വ്രതം അനുഷ്ഠിച്ച് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഭാരണതിനെ ഉപസംവരിപ്പിക്കേണ്ട സമയമായി വ്രതം ഉപസംവരിപ്പിക്കുക ദ്വാദശീവ്രതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദശമീടന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം നിർത്തിയാൽ പിന്നെ അന്ന് മുതൽ ഉപവാസമാണ് എന്നിട്ട് ദ്വാദശിയുടെ വൈകുന്നേരം സന്ധ്യക്ക് തീർത്ഥം കഴിച്ചുകൊണ്ട് വ്രതം ഉപസംവരിപ്പിക്കും അതിനെയാണ് ദ്വാദശി വ്രതം എന്ന് പറയുന്നത് ഉപവാസം ഇന്ന് നമുക്ക് ഉപവാസമില്ല ഇന്ന് നമുക്ക് ഉപ്പുമാവാസാണുള്ളത് ഉപവാസം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം ഒന്നും കഴിക്കാതിരിക്കലാണ് അതാണ് ശരിക്കുള്ള ഉപവാസം അത് നമ്മളെന്ത് ചെയ്തു ഉപ എന്നുള്ളതിന്റെ അടുത്ത് ഉപ്പുമാനാക്കിയിട്ട് നമ്മുടെ ബുദ്ധിപാന്മാരായതുകൊണ്ട് കാരണവന്മാർ അങ്ങനെയൊക്കെ വരുത്തി അതും ഉപ്പുമാവിനൊരു മാറ്റം വരുത്തി അരി വേണ്ട മടുത്തിരിക്കേണ്ടി അതൊരു ഗോതമ്പ് ആവട്ടെ ആളുകൾ ഇപ്പൊ ധരിച്ചിരിക്കുന്നത് ഏകാദശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞാൽ ഏകാദശി എന്നാണ് നോക്കൂ ഗോതമ്പ് കഴിച്ചിട്ടാണ് ഭക്തി വരിക എന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർക്കല്ലേ കൂടുതൽ ഭക്തി കാരണം മൂന്നു നേരം ഗോതമ്പ് കഴിക്കുന്നവരാണ് അവര് അവരുടെ അടുത്ത് പോയി നോക്കൂ നിങ്ങൾ അവിടുത്തെ ഏകാദശി അവര് ഗോതമ്പ് കഴിക്കില്ല അന്ന് അവര് ഗോതമ്പ് ഭക്ഷണം അല്ല അവർക്ക് സാവധാനം വേവുന്നൊരു അരി ഉണ്ട് അതാണ് അവര് അങ്ങനെയാണ് അതിന് പേര് വന്നത് ഈ അരി കൊണ്ടാണ് അവരുടെ ഉപവാസാധികൾ അപ്പൊ എന്താ അവരങ്ങനെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് കഴിച്ചിട്ടാണ് ഭക്തിയെങ്കിൽ ഗോതമ്പ് കഴിക്കേണ്ടവരും ഇങ്ങനെയൊക്കെയാണ് അവര് അപ്പൊ ഇത് ശ്രദ്ധിക്കും നിങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന് രണ്ടു തലത്തിൽ അർത്ഥമുണ്ട് ശരീരം നമ്മളുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒരംശം എപ്പോഴും ദഹിക്കാതെ എടുക്കും അങ്ങനെ നമ്മൾ മാസത്തിലൊരിക്കൽ ഉപവാസമനുഷ്ഠിക്കുമ്പോ ദഹിക്കാതെ കിടക്കുന്നതെല്ലാം ദേശവും അസുഖങ്ങൾ കൂടുതൽ ശതമാനവും വരുന്നത് വൈറലിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണക്രമങ്ങൾ ആളം തെറ്റിയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കണെങ്കിൽ അതിനൊരു പ്രത്യേകതയാണ് ഒരു നേരമെങ്കിലും ഒന്നും കഴിക്കാതെ ഉപവസിക്കുക ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുന്ന അർത്ഥം ഒന്നും കഴിക്കാതിരിക്കുക അല്ല ഉപ്മാവിന്റെ അടുത്തിരിക്കുക എന്നല്ല അർത്ഥം ഇനി ശരീരം കൊണ്ട് മാത്രമല്ല ഉപവസിക്കേണ്ടത് മനസ്സുകൊണ്ട് ഉപവസിക്കണം അതെന്താണ് മനസ്സിലും അന്ന് ഭക്ഷണം കൊടുക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്നും ചിന്തിക്കാൻ അനുവദിക്കില്ല ഒരു കുഴപ്പമുണ്ട് മനസ്സ് ചിന്തിക്കാതിരുന്നാൽ അപ്പോഴായിരിക്കും വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നത് മനസ്സിന് അങ്ങനെ ഒരു അപകടമുണ്ട് അപ്പെന്ത് ചെയ്യും ഉപവസിപ്പിക്കുക അതിന് ഉപവാസം എന്നുള്ളതിന് മറ്റൊരർത്ഥം സമീപം വസിക്കുക ആരുടെ സമീപം ഭഗവാന്റെ സമീപം എന്ന് വെച്ചാൽ എന്താർത്ഥം അന്ന് ഭഗവാനെ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക മനസ്സ് ഭഗവാനാകുന്ന നാമസ്മരണമാകുന്ന ഭക്ഷണം കഴിക്കട്ടെ ശരീരം ഒന്നും കഴിക്കാതിരിക്കട്ടെ ശരീരം ഒന്നും കഴിക്കാതെയും മനസ്സ് നാമസ്മരണം കഴിച്ചുകൊണ്ടും ഭഗവാന്റെ അടുത്തിരുന്നു കൊണ്ടും വേണ്ടാത്തതൊന്നുകളും ചിന്തകളൊന്നും വരാതെ ഇരിക്കുന്നതിനെയാണ് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ വേനൽ ശരിക്കും ഉപവസിക്കാൻ അല്ലാതെ നമ്മൾ വയറ് നടത്തിട്ട് ഗോതമ്പും കഴിച്ച് അതിന്റെ കൂടെ രണ്ട് നേതൃപ്പഴും കാരണം ഉപവാസത്തിനെന്ന് കൂടുതൽ കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എന്ത് രണ്ട് നേത്രപ്പഴും ഒരു മൂന്ന് ടീസ്പൂൺ എന്താണ് ടീസ്പൂണല്ല വലിയ കയ്യിലെടുത്തിട്ട് ഉപമാകും അങ്ങനെ കഴിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഉപവാസം എന്നിട്ടോ ശുഖമായി കിടന്നുറഞ്ഞ് എന്ത് ഉപവാസാണത് വാസ്തവത്തിൽ ഇതൊക്കെ തോതിവാസം എന്നാ പറയേണ്ടത് ഉപവാസം എന്നല്ല പറയേണ്ടത് മനസ്സിലായിട്ട് തോന്നിയത് ചെയ്തൊരു തോതിവാസം എങ്ങനെ ഉപവാസാവുക ഇതൊക്കെയാണ് നമ്മൾ അർത്ഥാക്കിയിരിക്കുന്നത് ഏതായാലും മനസ്സിലാക്കൂ അദ്ദേഹം ഉപവാസിച്ചു എന്നിട്ടോ ആ ഉപവാസത്തിന്റെ പാരണ ചെയ്യുന്ന സമയം ഉപസംഹരിപ്പിക്കുന്ന സമയം അങ്ങോട്ട് കയറി ആര് ദുർവാസ ദുർവാസ എന്നിട്ടോ വളരെ ആദരവോടെ ബഹുമാനത്തോടെ മഹർഷി വരീനല്ലേ എന്ന് കരുതി അംബരീഷർ ചക്രവർത്തി കാലുകൾ കഴുകി പൂജിച്ചിരുത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് പാരണ ചെയ്ത് എന്റെ വ്രതം ഉപസമരിപ്പിക്കാം ഭക്ഷണം കഴിച്ചാൽ അതിഥി ദൈവവും പവാ ഉടനെ അദ്ദേഹം പറഞ്ഞു സന്ധ്യാവനം കഴിഞ്ഞിട്ടില്ല ആര് ഉടനെ കൊടുത്തു പിയർ സോപ്പും തോർത്തുകൊണ്ട് കുളിച്ചിട്ട് വരാൻ അദ്ദേഹത്തിന് സന്ധ്യാവനത്തിന് പറഞ്ഞു യമുനയിൽ ഇറങ്ങി സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് വെള്ളത്തിലിരുന്ന് ഇദ്ദേഹം ജീവിക്കാൻ തുടങ്ങി സമയം സന്ധ്യ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ആണെങ്കിൽ ഉപവാസം പൂർണ്ണമാക്കണം ഇങ്ങോട്ടാണെങ്കിൽ സന്ധ്യാവന്തനം പൂർണമായിട്ടില്ല ഓക്കണേ സമയത്തിന്റെ ഒരു കുഴപ്പം ടെൻഷനായി രണ്ടുപേർക്കും ഇല്ല ഇങ്ങോർക്ക് ടെൻഷനില്ല ആർക്ക് ദുർവാസാവ് ഇദ്ദേഹം സാവകാശം കുളിയൊക്കെ കഴിഞ്ഞ് പ്രവർത്തനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജപം കഴിഞ്ഞ് സന്ധ്യാവനം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അംബരീഷ ചക്രവർത്തി മഹാത്മാക്കളോടും ബ്രാവണരോടും ചോദിച്ച എങ്ങനെ ഉപവാസം പൂർണ്ണമാക്കുക അപ്പൊ അവർ ഭക്ഷണം കൊടുക്കാതെ കഴിക്കാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഒരു തുളസി ഇലയിൽ വെള്ളമൊഴിച്ച് അത് അങ്ങോട്ട് കുടിച്ചാൽ ഇങ്ങോ ഒരു വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് മറ്റാണ് കണ്ടത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി എച്ചിലാണ് എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പോകുന്നത് എന്ന് കണ്ടതും ഗോപിഷ്ഠനായിട്ട് വ്യാഖ്യാതാരണമുഹൂർത്ത സമാപ്തികേതാൽപരേണ പ്രാപ്തോമണി ദിവ്യദൃശാഭിജാലൻ രാജാവ് പാരണമുഹൂർത്തം അടുത്തെത്തിയ സമയത്ത് ദുർവാസവ മഹർഷി വരാതെ കണ്ടപ്പോ ഭവരേണ വാരായവ പാരണം അകാരി ജലം കൊണ്ട് പാരണം ചെയ്തു പ്രാപ്ത മൂലി അവിടേക്ക് എത്തിച്ചേർന്ന മുരി കാണുന്നു ദിവ്യദൃശ വിചാനൻ കണ്ടു ഇങ്ങനെയൊരു ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് ഇനി ഇവൻ കഴിച്ചതിന്റെ എത്തിൽ ഞാൻ കഴിക്കണം കോപം കൊണ്ട് ക്ഷിപ്യൻകൃത കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്നു ജടയൊക്കെ അങ്ങോട്ട് എടുത്തു അവിടെ നിന്ന് അങ്ങട്ട് ജട വലിച്ചെടുത്തിട്ട് പറഞ്ഞു ഇന്ത്യ എത്തി കഴിക്കാനാണോ ഞാൻ വന്നത് വിഷ്ണു ഭക്തനാണത്രേ ഭക്തന്മാർ എങ്ങനെയാണോ ചെയ്യുക ഇതാണോ ആദരവ് ഇതാണോ അതിഥി പൂജ എന്നൊക്കെ പറഞ്ഞ് കോപിച്ചുകൊണ്ട് ജടയെടുത്ത് താഴെ സാധാരണ നമ്മുടെ മുടി താഴെ ഇട്ട് കഴിഞ്ഞാൽ പേനാവരി അദ്ദേഹത്തിന്റെ ജടയിൽ പൊങ്ങി വന്നത് ഉഗ്രമായ രൂപം സ്ത്രീ രൂപം കൊടുത്തു എന്താണ് കൃത്യ എന്താ അവളുടെ കൃത്യ കൃത്യയുടെ ജോലി ഓരോ ആള് കൊണ്ട് വിട്ടു എന്ന് നിർദ്ദേശം കൊടുത്തു അവളോ കൃത്യാഞ്ചാമസിതരാം ദഹന്തി വീക്ഷ സുദർശനം ആ രൂപം കൃത്യക എന്ന് പറയുന്ന രൂപം അസി വാള് കയ്യിൽ വെച്ചുകൊണ്ട് രാജാവിന്റെ നേരെ ഓടിവന്നു പെട്ടാനായിട്ട് ഓടിവന്നു രാജാവാണെങ്കിലോ നിപതി നദാൽ ിൽ നിന്ന് കാല് ഒന്നിളകിയില്ലയെന്നാണ് എന്ന് വെച്ചാൽ അഥർത്ഥം നിന്ന നിൽപ്പിൽ നിന്ന് ആള് മാറിയില്ലയാണ് അത്രയും ധൈര്യത്തോടുകൂടി അവിടെ നിൽക്കാൻ ആർക്ക് സാധിച്ചു അംബരീഷൻ തന്നെ കൊല്ലാൻ വരുന്ന കൃത്യകയെ കണ്ട് ഭയം വരാത്ത ആളായിരുന്നു അംബരീഷൻ നമുക്കൊക്കെ നമ്മൾ ഓടില്ലേ കാര്യമൊക്കെ ഉപവാസം ചെയ്യുന്നേ പക്ഷെ വാള് കൊണ്ടുവരുത്തി ഓടി ജീവൻ കൊണ്ട് നമ്മൾ പോയില്ലേ ഓടിയില്ല കാരണം അത്രയും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു ഞാൻ ചെയ്തത് ഭഗവൻ പൂജയാണെങ്കിൽ എന്നെ ആര് നോക്കിക്കൊണ്ടും നമ്മളെ ഭഗവാന് നമ്മളെ വിട്ടുകൊടുക്കണില്ല അവർ നമ്മൾ വിട്ടുകൊടുത്താൽ പിന്നെ പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല നമ്മൾ വിട്ടുകൊടുക്കാൻ പഠിക്കണം അങ്ങനെ വിട്ടുകൊടുത്തു എന്നിട്ടോ ഭക്തവാദമപീക്ഷ്യ നിങ്ങൾ നിങ്ങളെ ഭഗവാനെ വിട്ടുകൊടുത്താൽ പിന്നെ നിങ്ങൾ ആര് നോക്കണം ഭഗവാൻ നോക്കിയേ പറ്റുള്ളൂ പാചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാചാലി ഋശാസുരൻ സാരി പിടിച്ച് വിളിക്കുന്ന സമയത്ത് പാഞ്ചാലി സാരി പിടിച്ചിട്ടാണ് ഇത്രേ വിളിക്കുന്നത് ദ്വാരകാധീശാനം രക്ഷിക്കുമെന്ന് ഭഗവാൻ വന്നില്ലേ ഭഗവാൻ വന്നതേ ഇല്ല പിന്നെ പാഞ്ചാലിക്ക് മനസ്സിലായി അങ്ങനെയല്ല വിളിക്കേണ്ടത് പിന്നെ വിളിക്കുന്നത് സാരിയുടെ പിടുത്തം വിട്ട് കൈരണ്ടും മൂർധാവിൽ വെച്ചുകൊണ്ട് വിളിച്ചു അത്രേ എന്റെ കൃഷ്ണ എന്റെ മാനം രക്ഷിക്കൂ പിന്നീട് പാഞ്ചാലി ചോദിക്കുന്നുണ്ട് ഭഗവാനോട് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോ വന്നില്ല ഭഗവാൻ പറയുന്നത് ഈ നിന്റെ സാരി മുറുകെ പിടിച്ചപ്പോ എനിക്ക് തോന്നി നിനക്ക് തന്നെ നിന്റെ മാനം രക്ഷിക്കാൻ സാധിക്കും പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ടെൻഷൻ എടുത്താലുണ്ടല്ലോ ഭഗവാൻ വരില്ല ഭഗവാൻ വിചാരിക്കും നിങ്ങൾ തന്നെ ടെൻഷൻ എടുക്കേണ്ടത് ഞാനായിട്ട് എന്തിനാണ് വരുന്നത് എന്നാൽ നമ്മളത് ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി നിങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് ഡോക്ടറോട് ഡോക്ടറെ വലിയ പ്രശ്നമാണ് രണ്ടു മൂന്ന് ദിവസമായി ഭയങ്കര വേദന ഡോക്ടർ പറഞ്ഞത് ഡോണ്ട് വറി ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ എടുക്കണോ പിന്നെ നിങ്ങൾ ഡോക്ടറോട് ഇരിക്കണോ പകുതി പൊട്ടു വല്ല ഡോക്ടറെ അത് മുഴുവൻ പൊട്ടിയിടിച്ചെടുക്കില്ലേ മുഴുവൻ വരില്ലേ പോയാൽ അവിടെ എന്താ പിന്നെ അവിടെ പഴുക്കൂ ഡോക്ടറെ അത് പഴുത്താൽ പിന്നെ എനിക്ക് വായന വെക്കാൻ പറ്റൂ പിന്നെ എനിക്ക് എന്തുങ്ങൾ നൂറ് ചോദ്യങ്ങൾ നൂറ് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഡോക്ടർ പറയണ ഐ വിൽ ടേക്ക് കെയർണാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ സർവധർമാൻ പരിധിച്ച പിന്നെ മാമേകം ശരണം അയൽ ശരണം പ്രാപിച്ചു അയൽ വലിച്ചെടുത്തോളൂ ഇതുപോലെ നമ്മൾ ടെൻഷൻ എടുത്തിട്ട് ഭഗവാനെങ്കിലുണ്ടാവും ഇനി എന്തുണ്ടാവും ഇനി എന്താ ഞാൻ ഒരു ടെൻഷൻ അടിച്ചോ എന്ന് പറയും ഭഗവാൻ എന്ത് കാര്യമുണ്ട് എന്നാൽ നിങ്ങളത് വിട്ടുകൊടുത്താലോ ഭഗവാൻ വീക്ഷ തന്റെ ഭക്തനെ ബാധിച്ച ബാധ കണ്ടപ്പോ ഇനി കാത്തിരുന്നോടാ സുദർശനം എന്തയച്ചു സുദർശനം തന്നെ അയച്ചു വേണ്ട സാധനങ്ങൾ അയച്ചു കൊടുത്തു ഭഗവാന് അവിടെ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും കൊരിയർ സർവീസ് ഒന്നും വേണ്ടാന്ന് പറയുന്നത് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം കൊടുത്തു കൃത്യാനലം ചലഭയൻ ആ കൃത്യെ ചക്രം വന്ന് വെട്ടിക്കളഞ്ഞു ദുർവാസാവമാർഷിക കരുതി ചക്രം തിരിച്ചു പോകുന്നു പക്ഷെ ചക്രം തിരിഞ്ഞു എന്നുള്ളത് എങ്ങോട്ടാ തിരിഞ്ഞത് മുനിയുടെ നേരെ തിരിഞ്ഞു അത് മൊനി പ്രതീക്ഷിച്ചില്ല ഈ സ്ഥാപനം നമ്മുടെ നേരെ അടിക്കുന്നു അങ്ങനെ മുനി അവിടുന്ന് അന്നദാവിൽ ഓടാൻ തുടങ്ങി എങ്ങോട്ടാണ് ഓടുന്നത് ദാവശേഷൻ വിശത്ര ചക്രമവിദേവൻ വിരിഞ്ചം തക്കാലചക്രമദിനീത്യസ്തയോ സജവന്ത ആ മുനി അശേഷഭുവനേഷു ദാവൻ എല്ലാ ഭുവനങ്ങളിലും ഓടി എന്നിട്ട് അവസാനം ഇങ്ങോട്ടോടി വിരിഞ്ചം ഗതവൻ മനസ്സിലായി രക്ഷില്ലാകും എങ്ങോട്ടോടി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടി എന്താ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടാൻ കാരണം ബ്രഹ്മാവിന്റെ ദിക്കേക്ക് ഓടാൻ ഒരു പ്രത്യേകത ഏത് ദിക്കിലൂടെ പോയാലും കാണുന്ന ഒരേ ഒരു വ്യക്തി കാരണം എല്ലാ ഭാഗത്തും മുന്നിക്കൂടെയും പിന്നിക്കൂടെയും ഏതു ഭാഗത്തോടെയും ഓടാം അയാൾ കാണും അങ്ങനെ എല്ലാ ഭാഗത്തോടെയും ഓടി വന്നാൽ കാണും ബ്രഹ്മാവ് കണ്ടത് ഓ ഗുരുവാസം വരൂ വരും എന്തൊക്കെയാ വിശേഷം തോന്നുന്നില്ലേ വേറെ പറഞ്ഞു വിശേഷം ചോദിച്ചു പോയാൽ തലയും കൊണ്ട് ചക്രം പോവും അധികം വിശേഷം ചോദിക്കരുത് ഇനി എന്ത് വേണം ചക്രത്തെ ബിജു നിർത്താൻ പറഞ്ഞു അത് കേട്ടപ്പോ ബ്രഹ്മാ പറഞ്ഞു ചക്രത്തിനോടുള്ള കളി ഇവിടെ വേണ്ടെന്ന് ഇത് നമ്മുടെ റേഞ്ചിൽ പെട്ടതല്ല ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ പിതാവ് പരമശിവൻ ശക്തനല്ലേ തൃക്കണ്ട തുറന്നാൽ നിർത്താൻ പറ്റാത്ത സാധനമില്ല കോഴിക്കോട് കൈലാസത്തിലേക്ക് അടുത്ത വണ്ടിക്ക് വിട്ടോളൂ എന്നു പിന്നെ ഓടി എങ്ങോട്ട് ബദവാൻ എങ്ങോട്ട് കൂടുന്നു ചർവം ശിവന്റെ അടുത്തെത്തി ശിവനാണെങ്കിലോ ഓണൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്താണ് പുത്രൻ ദുർവാസാവ് വരുന്നത് പാർവതീദേവിയോട് ഹായ് ആരാ പാർവദീവി കാണോ നോക്കു ആരാ വരുന്നത് വരൂ പുത്ര എന്തൊക്കെയാ വിശേഷം കുശലങ്ങളൊക്കെ ചോദിച്ചോ പറഞ്ഞു അച്ഛ കുശലങ്ങളൊക്കെ ചോദിച്ചിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന തല ഉണ്ടാവുകയാണ് എന്തുപറ്റി ചക്രം ഓ പരമ പരമശിവൻ മഹാവിഷ്ണുവിന്റെ ചക്രം വെറുതെ തന്നാണോ തന്നതല്ല കൊണ്ടുപോകുമ്പോ വന്നതാണെന്ന് എന്തു പറ്റി ഇതൊന്നും പറയുന്നതിന് മുമ്പ് തല പോകും അച്ഛാ നിർത്തിത്തരുമോ അപ്പൊ നിർത്താനാണോ വന്നത് അതേ അച്ഛ എന്താ ഒരു കാര്യം ചെയ്യും എന്നെ വിടുന്നവർ തടമേഘം ഓടിച്ചു കൊടുക്കുന്നു ശിവനും ആളെ കൈവിട്ടു പിന്നെ അടുത്ത ബസ്സിൽ വൈകുണ്ഠം നേരെ ട്രിവേണ്ട്രത്തേക്ക് പിടിച്ചു അവിടെയാണല്ലോ ആള് അന്നത്തെശാലിയായിട്ട് കിടക്കുന്നത് നേരെ വൈകുണ്ടത്തിലെത്തി ഭഗവാൻ നോക്കുമ്പോണ്ട് ഒരാള് ഓടിക്കതച്ചു വരുന്നു ഒളിമ്പിക്സ് ഇനിയും തുടങ്ങിയിട്ടില്ല എന്നാലും ആരങ്കര സ്പീഡിൽ ഓടി വരുന്നത് നോക്കുമ്പോണ്ട് സാക്ഷാൽ മഹർഷി ചാടിയു ഹേ മഹർഷേ എന്ത് പറ്റി ഇങ്ങനെ ഓടി ഓടി വരണോന്ന് പറഞ്ഞു ഓടിയതല്ല ഓടിച്ചതാണെന്ന് ആര് അങ്ങനെയൊരു ചക്രമുണ്ടല്ലോ കുറച്ചു ദിവസമായി അടിയരെ ഓടിച്ചുകൊണ്ടിരിക്കണോ ഒന്നതെടുത്തരെ കൈകളിൽ വെക്കണമെന്ന് ഉടനെ ഭഗവാൻ പറയാണ് ഭൂയോ ഭവൻ നിളയമേത്യമുരി മന്ദം പ്രോദേഷേനോക്താ തമസ്ത വിനയാന്വമാ രാഹ്യം പരീക്ഷപദമേവൂമൻ മഹാത്മാവായിരിക്കുന്ന ആ ദുർവാസാവിനെ കണ്ടോട്ട് പറയാണ് അവിടുന്ന് ഭൂയഭവൻ നിലയമെത്തിയ ഭഗവാന്റെ ആ നിലയത്തിലെത്തിക്കഴിഞ്ഞ അദ്ദേഹം നമന്തം മുനി ഭഗവാനെ നമസ്കരിച്ച് തൊഴുതു ഭഗവാനും അദ്ദേഹത്തിന് തൊഴുതു എന്നൊരു പറഞ്ഞു ഭഗവാൻ ഹേ എനിക്കും ഈ ചക്രം പിടിച്ചു നിർത്താൻ കാരണം അഹം ഭക്തദാസ ഞാൻ ഭക്തന്റെ ദാസനാണ് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല ഇന്ന് ഞാൻ ഇരിക്കുന്നത് വൈകുണ്ഠത്തിലല്ല ഞാൻ ഇരിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ് അതുകൊണ്ട് അവിടുന്ന് വേഗം ഓടിക്കോളൂ അമ്പരീശപതം ഏ വപജ തിരിച്ചങ്ങോട്ടോടണം ഭക്തന്റെ അടുത്തേക്ക് ഓടണം കാരണം ഞാനിരിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ് എന്നിട്ട് പറഞ്ഞു അങ്ങ് ജ്ഞാനം തപസ് വിനയാന്മിതം ജ്ഞാനവും തപസ്സുകൂടുന്തോറും എന്തും വേണം വിനയം വരണം ക്ഷവിക്കാനുള്ള കഴിവ് വേണം ക്ഷമിക്കാൻ കഴിവില്ലാത്തവരുടെ നേരെ ആര് വരില്ല ഈശ്വരൻ വരില്ല പ്രിയാം അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വലിയൊരു ജീവിതത്തിന്റെ പാഠമാണ് നാം ഒരാളെ വേദനിപ്പിച്ച് ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യം ആരെ വേദനിപ്പിച്ചു അവിടെ തന്നെ വരണം എന്നാലേ ചെയ്ത പാപം പോവുകയില്ല മനസ്സിലായിട്ടോ ഇത് നമ്മുടെ ഹിന്ദുമതത്തിന് വിട്ടുപോയിന്ന് ഇന്ന് അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല മറ്റുള്ള ദ്രോഹിച്ചിട്ട് തന്നെ പോകണം എന്നാണ് ഭാര്യയും ഭർത്താവും കൂടെ അമ്പലത്തിൽ പോവാണ് ഭാര്യ പറഞ്ഞു അടുത്ത വീട്ടിലെ മീനാക്ഷി കാശ് വന്നിരുന്നു പാൽപായസം കഴിക്കാൻ കൈസടത്തില്ലയെന്ന് ഉടനെ ഭർത്താവ് പറഞ്ഞു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറയണം എത്ര എത്ര ആലോചനകൾ വന്നതാ ചെയ്യാതെ ഇങ്ങനെ ഒരാളെ തലയിൽ കെട്ടിയിട്ടുണ്ടല്ലോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി അമ്പലത്തിലെത്തിയിട്ട് പറഞ്ഞു ബാക്കി ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞതരാം തൊഴുത് കഴിഞ്ഞിട്ടെന്ന് ചക്രേഗതേ അഖിലാശിഷോസ്മൈ തൻഭക്തിമാഗതികൃതേ വികൃാം സമേത്യുനഗൃത്തൊക്കണേ എത്രയോ ശ്രേഷ്ഠനാണ് ദുർവാസ്വാമഹർഷി സാക്ഷാൽ പരമശിവന്റെ പുത്രൻ അത്രീമഹർഷിക്ക് അനസൂയാദേവിയിൽ ഭഗവാൻ പ്രകടമായി എന്നാണ് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാഗവതത്തില് അത്രീമാഷിയുടെ ഭാര്യയായിരുന്നു ദേവി അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പൊ അനസൂയദേവി തപസ് ചെയ്തു രണ്ടുപേരും കൂടി അപ്പൊ തപസ് ചെയ്തപ്പോ മൂന്ന് പേരും കൂടി പ്രകടമായി അപ്പോൾ ഉടനെ അനസൂയദേവിയും അത്രീമാഷിയും പറഞ്ഞു ഞങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് മൂന്ന് പേരും വന്നത് അപ്പോൾ മൂന്ന് പേരും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ആത്മാവായി ഈശ്വരനെ ഉപാസിച്ചതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് പ്രീതനായി അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്നംശത്തിൽ നിന്നുള്ള കുട്ടികൾ എന്ന് വരാം അങ്ങനെ അനസൂയദേവിക്ക് മൂന്നംശത്തിൽ നിന്ന് കുട്ടികൾ കിട്ടിയത്രേ ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് സോമൻ എന്ന് പറയും സോമൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ സോമനല്ല സാക്ഷാൽ സോമൻ ശിവന്റെ അംശത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ദുർവാസോമൻ വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ആര് ദത്താത്രേയ മഹർഷി ഇങ്ങനൊരു കഥയുണ്ട് ഭാഗവതത്തിൽ കഥയുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിൽ ഈ കഥ ഈ രൂപത്തിലല്ല പറയുക അവര് വേറെ രൂപത്തിലാണ് അതായത് ഒരിക്കല് അനസൂയദേവി വളരെയധികം ഈശ്വര ഭജനത്തിൽ ഉയർന്നൊരു സ്ത്രീയായിരുന്നു രാമായണത്തിൽ നിങ്ങൾക്ക് കാണാം അത്രീ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് സീതാദേവിയും കൊണ്ടുപോകും ശ്രീരാമസ്വാമി അവിടെ വെച്ച അനസൂയാദേവി പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുക്കും ആർക്ക് സീതാദേവിക്കും അങ്ങനെയൊരു രംഗം നമുക്ക് രാമായണത്തിൽ കാണാം അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള സ്ത്രീയായിരുന്നു അനസൂയ അവരുടെ ചാരിത്രത്തിന്റെ ശക്തി അത്ര തേജസ്സായിരുന്ന ശക്തിയായത് ഭൂലോകത്തിൽ പോലും അത്ര അവരെ വാഴ്ത്തിയ ഋഷീശ്വരന്മാർ അത്രയും മഹർഷിക്ക് തുല്യം ആരെ കണ്ടിരുന്നു ആളുകൾ അനസൂയ ഒരിക്കൽ നാരദ മഹർഷി ഒരു കുഴപ്പമുണ്ടാക്കി അങ്ങൊരു ഇടയ്ക്കിടയ്ക്ക് ട്യൂഷൻ ക്ലാസ് നടത്തുമല്ലോ ഒരു ദിവസം അദ്ദേഹം പാർവതി ദേവിയെ കണ്ടിട്ട് പറഞ്ഞു എന്ത് ചാരിത്യം നിങ്ങൾക്കൊക്കെ അനസൂയദേവിയെ കണ്ടുപഠിക്കൂ നമ്മുടെ ദേഷ്യം വന്നു പാർവതീദേവിക്ക് എന്നേക്കാളും ചാരിത്രിവതികളായിട്ടുള്ള ആളുകൾ ലോകത്തിലോ ആരാത് അനസൂയാവിയുടെ ചാരിത്രത്തിന്റെ അടുത്തത്വോ നിങ്ങളുടെ പരിശുദ്ധിയോക്കെ എന്ത് പരിശുദ്ധി ഇത് കേട്ടപ്പോ ദേവിക്ക് വലിയ സങ്കടമായി പരമശിവനോട് ഓർത്ത് പറഞ്ഞാൽ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നേക്കാളും ചാരിത്ര ശുദ്ധിയുള്ള ഒരാളിവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങ് മറ്റൊരാളുടെ ചാരിത്ര്യം വെച്ചിരിക്കരുത് പരമശിവനെ പറഞ്ഞേക്കാൻ നിശ്ചയിച്ചു ആരമാശ വിട്ടില്ല നേരെ പോയി ലക്ഷ്മി ദേവിയിലെടുത്ത് അവിടെയും പോയി ഇദ്ദേഹം ക്ലാസ് കൊടുത്തു എന്ത് നിങ്ങളൊക്കെ പോയി കാണു മനസ്സോയാ ദേവി ഉറക്കം വരുമോ മഹാലക്ഷ്മിക്ക് വിഷ്ണുവിനന്ന് ഉറക്കം കെടുത്തി തലയണ മന്ത്രം പോയി അനസൂയയുടെ ചാരിത്രം നശിപ്പിക്കണം ഇതേ കാര്യം നേരെ പോയി സരസ്വതീദേവിയുടെ ചെവി പറഞ്ഞു എന്താ നിങ്ങൾ അറിവുണ്ട് കഴിവുണ്ട് എന്ത് കാര്യമൊന്നുമില്ല അനസൂയെ കാണുമെന്ന് ബ്രഹ്മാവിനെ ഉറക്കില്ല ഇവര് മൂന്ന് പേര് തീരുമാനിച്ചു മീറ്റിംഗ് വിളിച്ചു നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇവർക്ക് ചാരിത്രം ഇല്ല എന്ന് തെളിയിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിടക്കാൻ പറ്റില്ല കാരണം അവരാകട്ടെ ടെൻഷനാണ് സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും പാർവതിയും പാവ മൂന്നുപേരും പുറപ്പെട്ടു അനസൂയാ ദേവിയുടെ അടുത്തേക്ക് അത്രീ മഹർഷി ഇല്ലാത്ത സമയം നോക്കി ഇവരാശ്രമത്തിലെത്തി ഭിക്ഷാം സന്യാസി രൂപത്തിലാവുന്നത് ഭിക്ഷാം അനസൂയാദേവി അകത്തുനിന്ന് എന്തോ സാധന പഴവർഗങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു ഉടനെ ഒരു മൂന്ന് പേരും പറയുകയാണ് ഒരു പ്രത്യേക സന്യാസി വർഗാണ് ഞങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഭക്ഷണം മേടിക്കില്ല ഭക്ഷണം തരികയാണെങ്കിൽ നിങ്ങൾ തരണം പൂർണ്ണ നഗ്നകളായിട്ട് തരണം അനസൂയാദേവി ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കി ആരായി കള്ളന്മാരെന്ന് ഒരു ഓർഡിനറി സന്യാസി മനസ്സിലാക്കി അപ്പോഴല്ലേ കാണുന്നത് ശ്രീ വനുവിഷ്ണു ഒക്കെയാണേ അവരോട് പറഞ്ഞ് തരാലോ നിങ്ങൾക്ക് പൂർണ്ണ നഗ്നിയിൽ തരാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വരണം ഓ അവരും വിചാരിച്ചിട്ട് ചെയ്ത് അത്ര അപകടാവുമെന്ന് ദേവിയെന്ത് ചെയ്തത്രേ മൂന്ന് കുട്ടികളെ മനസ്സിൽ അവിടെ വിചാരിച്ചു ദാ കിടക്കണോ പ്രസവിച്ച രൂപത്തിൽ ഉടനെ തന്നെ അനസൂയദേവി ഓർഡർ ചെയ്ത് മൂന്ന് തൊട്ടിൽ അവിടെ വെച്ച് പൂർണ്ണ നഗ്നകളായ നഗ്നയായി അവർക്ക് മുലയൂട്ടി അവർ മൂന്ന് തൊട്ടിൽ അവർക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റി ദേവിയുടെ ആഗ്രഹം നിറവേറ്റി ഇനി ഇവര് പഴയ അവസ്ഥയിലാവട്ടെ അതാവാൻ സംഭവിച്ചില്ലേ ദേവി അത്രയും മാർശി ബന്ധപ്പെട്ട് മൂന്ന് തൊട്ടിലോ മൂന്നെണ്ണ ആടുന്നു പറഞ്ഞ ഇത് ഭഗവാൻ എന്ന ഗിഫ്റ്റാണെന്നുണ്ട് ആരാന്നൊന്നും പറഞ്ഞില്ല അവിടെയാണെങ്കിലോ ആധിപത്യം നോക്കാൻ പോയ പാർട്ടികളാ അഡ്രസ്സേ ഇല്ല പാർവതി ദേവി വിളിച്ചോ ലക്ഷ്മി ദേവിയെ വന്നോ പാർത്തിയുന്നത് എവിടെ മഹാവിഷ്ണു ഇല്ല ബ്രഹ്മാവും വന്നിട്ടില്ല ഈശ്വര ഇങ്ങനെ ഒരു അപകടം നമ്മൾ ചെയ്തല്ലോ അപ്പൊ അവളുടെ കൂടെ തന്നെ കൂടിയിട്ട് തോന്നണോന്ന് ആ നാരദ മഹർഷികാരനും ഭർത്താവും പോയി ഇങ്ങനെ ഒരു അപകടം വിളിച്ചു വരുത്തിയ നാരദനെ എവിടെ പോയിന്ന് നാരധര് പറഞ്ഞു ഞാനും ആ വഴിക്ക് പോയപ്പോ കണ്ടില്ല പക്ഷെ മൂന്നെണ്ണ ആടുന്നത് കണ്ടു എന്താ പോയി പറ്റും നോക്കിയേ പറ്റുള്ളൂട്ടു അവിടെ ചെന്നപ്പോ കാണുന്നത് മൂന്ന് തൊട്ടില് വാവാ ഉണ്ണി വാവാ ഉണ്ണി കണ്ടക്കെട്ടു അനസൂയ്യാദേവി ചെന്ന് തൊഴുതു ദേവി ഇവരും വേഷം മാറിയിട്ടാ ചെന്നത് അപ്പൊ ആരാ നിങ്ങൾ ഈ മൂന്ന് കുട്ടികളെ ഞങ്ങൾ എടുത്തോട്ടേന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഇതെനിക്ക് എന്റെ കുട്ടികളാണല്ലോ അല്ല ഞങ്ങൾ എടുത്ത് വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട നിങ്ങൾ ആരാത് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ദേവിക്കറിയാം ആരാത് അപ്പൊ അവർക്കിങ്ങനെ നാണക്കേട് എന്താ അത് പറയാം എന്തിനാ എന്താ പറയാ പറഞ്ഞു സത്യം പറഞ്ഞു ഞാൻ പാർവതി ഞാൻ ക്ഷ്മി ഞാൻ സരസ്വതി ഓ നിങ്ങളുടെ ഭർത്താക്കന്മാരായിരുന്നു വന്നത് അതെ എന്തിനാ വന്നത് ഈ ഒന്നുമില്ല ദേവിയുടെ മഹിമയൊന്ന് മനസ്സിലാക്കാൻ പ്ലേറ്റ് മാറ്റി പറഞ്ഞു ദേവി പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ഏതായാലും എന്റെ മക്കളായിട്ട് വന്നവരല്ലേ ഇവരുടെ അംശത്തിൽ എനിക്കൊരു പുത്രൻ പേരെന്ന് അങ്ങനെ അവരുടെ മൂന്ന് പേരുടെയും അംശത്തിൽ നിന്ന് കിട്ടിയ പുത്രനാണ് ദത്താത്രേയൻ എന്ന പേരിൽ മഹാരാഷ്ട്രയിലൊക്കെ പ്രസിദ്ധനായിരുന്നു അതുകൊണ്ട് അവിടുത്തെ മഹാരാഷ്ട്രയില് ദാത്രേയ സങ്കല്പത്തിന് കണ്ടോ വിഗ്രഹത്തിനൊക്കെ എന്താണ് നാല് തലയാണ മൂന്ന് തലയുണ്ടാവും മൂന്ന് തലയുള്ള ഒരു ഈശ്വര രൂപമായിട്ടാണ് അവർ ദത്താത്രേയ രൂപത്തെ ആരാധിക്കുന്നത് ആ കഥ ഇങ്ങനെയാണ് അവിടെ പ്രചരിപ്പിച്ചിരുന്നത് ഇങ്ങനെ എന്താണ് കഥ പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കഥ ദുർവാസ മശിവന്റെ പുത്രനായിട്ട് പോലും അദ്ദേഹത്തിന് രക്ഷിക്കാൻ പരമശിവനെ പോലും സാധിച്ചില്ല എവിടെ തന്നെ വരണ്ടി വന്നു ഭക്തന്റെ അടുത്ത് ഭാരതത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഏതൊരു ഭക്തനാണോ തന്റെ മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിക്കുന്നത് ഭഗവാൻ അവനദാസനാവുന്നതാണ് അതാണ് ഭാരതത്തിന്റെ ഒരു സംസ്കാരം സാധാരണ നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാൻ നമുക്ക് മുകളിലേ അങ്ങനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത് എന്നാൽ ഭഗവാൻ പറയുന്നത് ഏതൊരു ഭക്തനാണോ പൂർണ്ണമായി സമർപ്പിക്കുന്നത് ഞാനവന് ദാസനെ താഴെ നിൽക്കുന്നാണ് ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയും നിരപേക്ഷം മുരിം ശാന്തം നിർവൈരം സമദർശിനം ആരെയും അപേക്ഷിക്കാതെ ഒന്നിനും അപേക്ഷിക്കാതെ മനസ്സ് പൂർണ്ണമായി എന്നിൽ വിട്ട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു മഹാത്മാവുണ്ടെങ്കിൽ അനുവ്രജാമിഹം നിത്യം ഞാൻ അവന്റെ പിന്നാലെ പോവുന്നതാണ് എന്തിനു വേണ്ടിയിട്ട് അവന്റെ കാലിലെ പൊടിയെടുത്ത് എന്റെ ശിരസിലിടാൻ പൂയേ അങ്ക അവന്റെ കാലിലെ അങ്കരി എടുത്ത് എന്റെ ശിരസിലിട്ടുകൊണ്ട് എന്റെ ശിരസിലിട്ട് എന്നെ പൂയെ പരിശുദ്ധീകരിക്കാം ഒരു ഭക്തന്റെ പിന്നാലെ നടക്കാൻ ആർക്കിഷ്ണാണ് ഭഗവാൻ കൃഷ്ണ ഏത് ഭക്തന്റെ പിന്നാലെ എന്റെ മനസ്സിന് പൂർണമായി അതുപോലെ ഇവിടെ അമ്പരീഷൻ മനസ്സിനെ പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട് ദുർവാസാ മഹർഷി പരമശിവന്റെ പുത്രനായിട്ട് പോലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ഇന്ന് അമ്പലഭക്തിയിൽ കുടുങ്ങിയിരിക്കുന്നവരാണ് പലരും ക്ഷേത്രത്തിൽ പോയാൽ പ്രശ്നങ്ങൾ തീരുന്ന കരുതിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകാനല്ല പഠിക്കുന്നത് നമ്മൾ ഭക്തന്മാരെ ഭക്തന്മാരിലൂടെ ആരെ കാണാൻ പഠിക്കണം ഭഗവാനെ കാണാൻ പഠിക്കണം അതിന് ഭക്തന്മാരിലൂടെ കാണാൻ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഈ യഥാർത്ഥ ഭക്തനായി തീരണം നമ്മൾ അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരമ്പലത്തിൽ ചെന്ന് വിഗ്രഹം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ അനുഗ്രഹം ആരിലൂടെ കിട്ടും ഒരു ഭക്തനിലൂടെയും കിട്ടും കാരണം ഭക്തന്റെ ഹൃദയത്തിൽ ആരുണ്ട് ഭഗവാനുണ്ട് ഇതാണ് ഭാരതത്തിന്റെ ഒരു ഉജ്ജ്വലമായൊരു സംസ്കാരം വരികയാണ് ഏതായാലും ഇപ്രകാരം ആ മഹർഷി രാജാവിന്റെ പാദത്തിൽ ചെന്ന് വീണു എന്നിട്ട് പറഞ്ഞപ്പോഴേക്കും മഹർഷിയെ കൈകൊണ്ട് പിടിച്ചുയർത്തി രാജാവ് തിരിച്ചു നമസ്കരിച്ചു എന്നിട്ട് പറയാണ് രാജാ പ്രതീക്ഷ മുനി ഒരു വർഷക്കാലം മഹർഷി ഈ രാജാവ് മഹർഷിയെ കാത് അനാസ്നൻ അസ്നൻ കഴിക്ക അനാസ്നൻ ഒന്നും കഴിക്കാതിരുന്നു അദ്ദേഹത്തിന് അത്ര ബോധ്യമുണ്ടായിരുന്നു ആരുവരും ദുർവാസവമാശിവരൽ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം പോലും കഴിച്ചില്ല അദ്ദേഹം കഴിച്ചതിന്റെ എച്ചിലെ ഞാൻ അതിഥി കഴിച്ചതിന്റെ ബാക്കിയെ ഞാൻ കഴിക്കുള്ളൂ എന്ന പ്രതിജ്ഞയിൽ അദ്ദേഹം വെള്ളം കുടിച്ച് മാത്രേ ഇരുന്നു തം ഋഷും സാധും സംഭവിച്ച ആ മഹർഷിയെ കണ്ടതും പാദങ്ങൾ തൊട്ടു എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഈ ചക്രം മറഞ്ഞുപോവേണമേ ചക്രം മറഞ്ഞു ആ രാജാവ് സാധു സംഭവിച്ച ഋഷിക്ക് നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് പ്രസന്നൻ അദ്ദേഹത്തിനെ പ്രസന്നനാക്കി തിരിച്ചദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ നിന്നും അദ്ദേഹം കഴിച്ച ആ ഭക്ഷണം പ്രസാദമായി സ്വീകരിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു അങ്ങനെ കാലം മുന്നോട്ട് പോയി അപ്പോൾ മനസ്സിനെ പൂർണ്ണമായി ആരിലുറപ്പിക്കാൻ പറ്റി ഭഗവാനെ കാലം കൊണ്ട് അദ്ദേഹത്തിന് സായുജ്യമാപ്പ മനസ്സെവിടെ തന്നെ ചേർന്നു ഭഗവാനെ ചേർന്നു ഇപ്രകാരം ഗുരുവായൂരപ്പ ഒരു ഭക്തനെ അനുഗ്രഹിച്ച് ഗുരുവായൂരപ്പ എന്നെയും അനുഗ്രഹിച്ചാലും ഇത് പറയാണ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ സമ്പത്തിനേക്കാളും വലിയ സമ്പത്ത് ഭഗവാനാകുന്ന സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ തന്നെ ആ ഭഗവാന് ിക്കൂ സമർപ്പണമാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന തത്വം അത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ് പ്രാർത്ഥന എന്നുള്ളത് അമ്പലത്തിലൊക്കെ പോകുന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാനാണ് സമർപ്പണത്തിന് പ്രധാനമായി മൂന്ന് തലങ്ങളുണ്ട് മൂന്ന് അവസ്ഥകളുണ്ട് അതിലൊന്നാമത്തെ തലമാണ് ഭഗവാനാണ് സമ്പത്തെന്ന കാര്യം ശ്രവണം ചെയ്തുറപ്പിക്കണം മനസ്സിലായി അതുകൊണ്ട് സൽസംഗത്തിന് നമ്മുടെ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ തൊഴുതുപോകുന്നതിനേക്കാളും പ്രാധാന്യമാണ് സൽസംഗത്തിന് നോക്കൂ നിങ്ങൾ ശങ്കരാചാര്യസ്വാമികളാണ് ഭാരതത്തില് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാവിധികളെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ എഴുതി വെച്ചത് ശങ്കരാചാര്യസ്വാമി തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹത്തിന് താഴെ ശ്രീലക്ഷ്മിയുടെ എന്താണ് സുതർ എന്ത് ചക്രമാണ് സ്ത്രീചക്രം പ്രതിഷ്ഠിച്ചത് ശങ്കരാചാര്യസ്വാമികളാണ് ഞാൻ വിശ്വാസം ഇന്നും നിങ്ങൾ തിരുപ്പതി പോയാൽ ശങ്കരാചാര്യസ്വാമികളെ പ്രത്യേകം ആദരിക്കുന്ന സ്ഥലമുണ്ടവിടെയത്തിന് ഇങ്ങനെ ഒരുവിധം ക്ഷേത്രങ്ങൾ ഇനി നിങ്ങൾ ബദ്രീനാഥൽ ഹിമാലയത്തിന്റെ ഉന്നത സ്ഥലങ്ങളിൽ പോയാൽ അവിടെയും നരനാരായണ രൂപത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളാണ് അനവധി ക്ഷേത്രങ്ങൾ പിന്നീട് നമുക്കറിയാം നാല് മഠങ്ങളിലെ ശൃംഗേരി കാഞ്ചി ജില്ലയത്തിൽ ശൃംഗേരി ദ്വാരക പുരി അതുപോലെ തന്നെ ബദരി ഇങ്ങനെ നാല് ആശ്രമങ്ങൾ എന്താണ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതും ശങ്കരാചാര്യസ്വാമി പ്രതിഷ്ഠകളും അനവധി സ്തുതികളും ലേ സൌന്ദര്യലഹരി തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ അതേ എഴുതിയത് ശിവാനന്ദലഹരി സൌന്ദര്യലഹരി പലതും പക്ഷെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം വളരെ വ്യക്തമായി പറയും ഗുരുദേ ഗംഗാസാഗരഗമനംപാലം ജ്ഞാനവിഹീന സർവമതേന മുക്തിപജദിന ജന്മചതേന നിങ്ങൾ ഗംഗയിൽ പോയി മുങ്ങിക്കോളൂ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി ഒന്നിന് പുറകിൽ പോയിക്കോളൂ പക്ഷേ ജ്ഞാനവിഹീന സത്സംഗത്തിലൂടെയല്ലാതെ മുക്തിന്ദവജതി എന്ത് കിട്ടാൻ പോകുന്നില്ല മുക്തി അതായത് മനസ്സ് ഉയരാൻ പോവുക അപ്പൊ ശ്രവണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരണം നമ്മളെ സമർപ്പിക്കുന്നതിലേക്ക് രണ്ടാമത്തത് കീർത്തനം എന്ന് ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം അമ്പലത്തിൽ പോകുന്നത് കീർത്തിക്കാനായിരിക്കണം പ്രാർത്ഥിക്കാനല്ല നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കണം പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതില്ല പെട്ടെന്നിരിപ്പാട് പറഞ്ഞില്ലേ നമ്രാണാം സന്നിധത്തെ സതതമബി എത്ര വ്യക്തമായി പറയുന്നു അനഭ്യർത്ഥിതാന വി കാമാനതശ്രം വിതരസി ആ ശ്ലോകം ഓർത്തുവയ്ക്കും നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല അഭ്യർത്ഥിക്കാതെ തന്നെ അപേക്ഷിക്കാതെ തന്നെ കാമാനതശ്രം വിതരസി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ആർക്ക് സാധിക്കും ഭഗവാന് അവ പ്രാർത്ഥിക്കണോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാനുള്ളത് കീർത്തിക്കണം നാമസങ്കീർത്തനം കലിയുഗത്തിലുള്ള നമ്മുടെ സാധന എന്ന് പറയുന്നത് നാമസങ്കീർത്തനം മൂന്നാമത്തതാണ് െന്ന് പറയുന്നത് നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക ഇങ്ങനെ ശ്രവണം കീർത്തനം ധ്യാനം അങ്ങനെ വേണം നമ്മൾ നമ്മുടെ മനസ്സിനെ ആർക്ക് സമർപ്പിക്കാൻ ഭഗവാൻ അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ദാസനായി ആര് വരണം അതാണ് ഭഗവാന്റെ പ്രതിജ്ഞ അഹം ഭക്തപരാധീന ഹി അസ്വതന്ത്ര ഇഭക്തിജ ഞ ഞാൻ അവന്റെ ആശ്രയത്തിൽ നടക്കുന്നവരാണ് അപ്പൊ അപ്രകാരം നമ്മൾ വിട്ടുകൊടുക്കണം നമ്മള് ഈ ഭക്തിയാണ് നമ്മൾ കൈവരിക്കേണ്ടത്യാണ് ഇന്ന് നമ്മുടെ സംസ്കാരത്തിന് ചുതി പറ്റിപ്പോയത് ആളുകൾ കീർത്തനം എന്നുള്ള അടുത്ത് പ്രാർത്ഥന നാക്കി അപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് ദൈവമേ കൈത്തൊഴാം കെ കുമാറാക്കണേ അവമാമെന്ന നീ കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലമായി ദൈവമേ കൈത്തൊഴാം കെ കുമാറാക്കണേന്ന് എന്താണത്രേ പറയണത് അമ്മ ചോദിച്ചു എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ദൈവമേ കൈത്തൊഴാം കെ പറഞ്ഞാൽ അർത്ഥം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് കെ ദൈവമേ കൈത്തൊഴാം എന്നാണ് ഇതാണ് ആഗ്രഹം ഞാൻ ചിരിപ്പിക്കയില്ല ആളുകളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് എന്നെ ഒരു പണക്കാരനാക്കണം അല്ലെങ്കിൽ നീ എന്നെ കാൽകുമാറെങ്കിലാക്കി താ ചിന്തിക്കുന്നില്ല വേണ്ടാത്ത വേണ്ടാത്ത വഴിപാടുകളും അമ്പലത്തിന്റെ ചൈതന്യം നശിപ്പിക്കുകയാണ് ശ്രീരാമചരിതത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ശ്ലോകങ്ങളുള്ള രാമായണത്തെ രണ്ട് ദശകങ്ങളിൽ ഒതുക്കാൻ ഭട്ടതിരിപ്പാടിന് സാധിച്ചു വെറും ഇരുപത് ശ്ലോകങ്ങളിൽ രാമായണത്തെ അദ്ദേഹത്തിന് പൂർണ്ണമായി രാമായണത്തിന്റെ പൂർവഭാഗവും ഉത്തരഭാഗവും രണ്ടും വിസ്തൃതമായി പറഞ്ഞതെല്ലാം ചുരുക്കി പറഞ്ഞ് നമുക്ക് ക്യാപ്സോൾ രൂപത്തിലാക്കി തരാൻ സാധിച്ചു ശ്രീരാമചരിതമാണ് മുപ്പത്തിനാലാമത്തെ ദശം ഗീർവാണേ അത്യമാനോ ദശമുഖനിധനം കോസലേഷുശ്രൃഷശശങ്കേ പുത്രീയാമിഷ്ടിമിഷ്ടദുഷിതശര ക്ഷവൃതേ പായസാഗ്രി തൽപുക്യാ തൽപ്പുരിീഷവി ത്രു സമം ജാതർ സുജാതോ രാമ ത്വം ലക്ഷ്മണേനേന ശത്രുനോസലു ലഷ്യസംഗി പുത്രീയ മിഷീമിഷ്ടാ ദശരലക്ഷാമൃതേ പായസഖ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു രാമായണത്തെക്കുറിച്ച് അറിയണമല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല അയോധ്യ ചക്രവർത്തി ദശരഥൻ അദ്ദേഹത്തിന് പോകുന്ന ഭക്തിമാര് ആ മൂന്ന് ഭക്തിമാർക്ക് പുത്രന്മാരില്ലാത്ത ദുഃഖം അങ്ങനെ ഇരിക്കെ രാജാവ് തന്റെ മന്ത്രിമാരോട് കൂടിയാലോചന ചെയ്ത് വസിഷ്ഠ മഹർഷിയും സുമന്ദ്രരും കൂടി ചേർന്ന് പറഞ്ഞു അംഗരാജാവിന്റെ മരുമകനായിരിക്കുന്ന പുത്രിയുടെ ഭർത്താവായിരിക്കുന്ന ഋഷശുങ്കനെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം ചെയ്യണം അതിൽ പുത്രൻ ഭാഗ്യം ഉണ്ടാവും ഇതാ ഋഷശുങ്കൻ വന്ന് പുത്രകാമേഷ്ടി യാഗം ചെയ്ത് ഇഷ്ടി ഇഷ്ട യാഗം ചെയ്ത് പായസം വന്ന് മൂന്ന് പത്നിമാർക്കും കൊടുക്കുന്നു ഇവിടെ എങ്ങനെയാണ് പറയുന്നത് കഥയിൽ കൗസല്യക്കും കൈക്കും കൊടുത്തു അവർ രണ്ടുപേരും സുമിത്രയ്ക്കും കൊടുത്ത് അങ്ങനെ നാല് പുത്രന്മാര് വന്നു അങ്ങനെ ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് ലക്ഷ്മണനായി ഭരതനായി ശത്രുഘ്നായി അവിടെ അവതരിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം കോതണ്ഡീ കൗശികസ് ക്രതുപരമവിധം ലക്ഷ്മണേനിയാതോ ൂതാചനിതമനോ രംഗശാന്താദ്ധീത യോനാത്രാണായ ഭാണി മുനിവദന ബാടകാം പാടയി ലദ്വാസ്മാത്രജാലം വനിവനമഗമോ ദേവസിദ്ധാശ്രവാക്യം അങ്ങനെ ശ്രീരാമസ്വാമി വളർന്നു വലുതായി പത്ത് ഇരുപതോളം വയസ്സാകുന്ന സമയത്താണ് ഒരു ദിവസം കൊട്ടാരത്തിൽ വിശ്വാമിത്ര മാർഷി വരുന്നത് തന്റെ യാഗരക്ഷയ്ക്ക് രാമനെ കൂടെ പ്രതയക്കാൻ വേണ്ടി അപേക്ഷിച്ചപ്പോ ആദ്യം ദശരഥൻ നിഷേധിച്ചുവെങ്കിലും വിശ്വാമിത്രമാർഷിയുടെ താപബലം തപോബലമറിയുന്ന വശിഷ്ഠ മഹർഷി പ്രേരിപ്പിച്ചതനുസരിച്ച് ശ്രീരാമസ്വാമി ശ്രീരാമസ്വാമിയെ ലക്ഷ്മണനെയും കൂടെ വിശ്വാമിത്രമാർഷിയുടെ കൂടെ പ്രതയിക്കാൻ രാജാവ് പ്രേരിതനായി പറയുന്നു വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ രക്ഷിക്കാൻ കോതണ്ടി ലക്ഷ്മണേന അനുയാദം കോതണ്ടമെന്ന ധനസമെടുത്തുകൊണ്ട് ലക്ഷ്മണനോടൊന്നിച്ച് അങ്ങനെ അവർ പോകുന്നു അവിടെ വച്ച് മൊനിവചനഫലാൽ മൊനി പറഞ്ഞതനുസരിച്ച് എന്ന് പറയുന്ന രാക്ഷസിയെ കൊന്നുകൊണ്ട് ഭഗവാൻ വീണ്ടും സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെയാണ് മഹർഷി യാഗം ചെയ്യുന്നത് എന്നിട്ടോ മാരീചന്ദ്രാവയി മകശിരശിശരൈ അന്യരക്ഷാംസിഘൻ കല്യാം കുറുവന്നഹല്യാം പതിപഥരജസാപ്യവൈദേഹഗേഹം ബിന്ദാരാന്ദ്രചോദ്രചൂടം രാജം പ്രാധിഷ്ഠാസ്തും യാഗം രക്ഷിക്കാനാണ് പോയത് മഖശിരസിത്തനെ വധിച്ചു ആരെ സുബാഹു എന്ന് പറയുന്ന അസുരനെ വധിച്ചുകൊണ്ട് രാക്ഷസനെ വധിച്ചുകൊണ്ട് അവന്റെ സഹോദരനായ മാരീചന്റെ നേരെ അമ്പയിതപ്പോ പ്രാണനം കൊണ്ട് ഓടിയ അവൻ അവസാന പ്രാണരക്ഷാത്രം ശ്രീരാമസ്വാമികളുടെ പാദത്തിൽ വീണ് അഭയം ദേവി അതിനുശേഷം അന്യരക്ഷാംസിഘ്നൻ മറ്റ് രാക്ഷസന്മാരെയൊക്കെ വധിച്ചുകൊണ്ട് പിന്നീട് അവിടുന്ന് വിശ്വാമിത്രി മഹർഷിയുടെ യാഗമൊക്കെ പൂർത്തിയായപ്പോൾ പറഞ്ഞു ഉണ്ണി നമുക്ക് വേറൊരു ദിക്കിലേക്ക് പോവാം എങ്ങനെയാണ് പോയത് എവിടേക്കാണ് പോയത് പതിമതരജസ അഹല്യാം കല്യാണം കുറുവൻ അവിടുന്ന് മറ്റൊരു ആശ്രമത്തിലേക്ക് പോയി അവിടെ ഗൌതമൻ എന്ന് പറയുന്ന ഒരു മഹർഷി എന്നും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അഹല്യാ ദേവി എന്നും കാണാനില്ല രാമനോട് പറഞ്ഞു കാലു വെച്ചോളൂ കാലുവെച്ചതും കല്ല് പെണ്ണായിത്തീർന്നു ശ്രീരാമസ്വാമിക്ക് അന്ന് മനസ്സിലായി എന്റെ കാലിന് ഒരു ശക്തിയുണ്ട് ഏത് കല്ലിന്റെ മുകളിൽ ഇത് വെച്ചാൽ കല്ലുകളൊക്കെ പെണ്ണായിത്തീരുന്നു എല്ലാ കല്ലുകളിലും മെസ്സ കിട്ടുമോ ഇല്ല അതെന്താ ഗൌതമവാഷി ശപിച്ചിരുന്നു ഭാര്യ എന്താ ശപിച്ചത് കല്ലായിത്തീരട്ടെ എന്നാണ് നമ്മൾ ശരിക്കും കല്ലായിത്തീരട്ടെ എന്നല്ല ശരിക്കുള്ള ശാപം വാദരൂപത്തിലായിത്തീരട്ടെ എന്ന് കാണാൻ പറ്റാത്ത രൂപത്തിലാവട്ടെ അവിടെ വാദരൂപത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കല്ലിൽ ചവിട്ടി ചവിട്ടിക്കൊണ്ട് ശ്രീരാമനോട് അനുഗ്രഹിക്കാൻ പറയുമ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സ്ഥൂല രൂപത്തിലേക്കെത്തിയ ആ അഹല്യെ ശ്രീരാമപാദ ചരണത്തിലേക്ക് മാറിയപ്പോ കല്ലായ അഹല്യ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റത് എന്താകുന്നു പറയുന്നത് ഏതൊരു മനസ്സാണോ കേവലം ഭൗതിക ജീവിതത്തിനെ മാത്രം സത്യമായി കണ്ട് ജീവിക്കുന്നത് അവരുടെ മനസ്സെല്ലാം കല്ലുപോലെയാണ് ആ കല്ലുപോലുള്ള മനസ്സിനെ ശ്രീരാമസ്വാമിയുടെ സ്മരണം കൊണ്ടുവേണം ആ പാദസ്പർശം കൊണ്ടുവേണം വീണ്ടും അതിനെ ഉയർത്തേണ്ടത് അഹം ഉണ്ടാക്കാൻ ശ്രീരാമനെ മറന്നാൽ മതി അഹം ഇല്ലാതെയാക്കാൻ ഞാനെന്ന ബോധം മാറി ഈശ്വരദാസനെന്ന ബോധം വരുത്താൻ അതിനാരുടെ കാലിൽ പിടിക്കണം ശ്രീരാമപാദം പിടിക്കണം ഇപ്രകാരം അഹല്ല്യ അഹത്തിൽ നിന്ന് ഉയർന്നവൾ അഹം എന്ന ബോധമാണ് നമ്മളെ കല്ലുപോലത്തെ ഒരാളാക്കുന്നത് നമ്മൾ പറയല്ലേ മുരട മനുഷ്യർന്ന് ദിവസം പിടിവാശിയുള്ളവർ തർത്ഥം ഒരു വിട്ടുവീഴ്ചയില്ലാത്തവർ അവരൊക്കെ മനസ്സേറെ കുറെ കല്ലുമോലിയാണ് അവരുടെ മനസ്സ് ഹാർഡാണ് അർത്ഥം അവർ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണെങ്കിലും മെന്റലി അവര് ഹാർഡായിരിക്കും അങ്ങനെയുള്ളവരുടെ മനസ്സിനെ സോഫ്റ്റ് ആക്കാൻ എന്താ മാർഗം ശ്രീരാമ ഭജനം കൊണ്ട് സാധിക്കും എന്ന് ഇവിടെ അഹല്യയുടെ മുക്തിയിലൂടെ പറഞ്ഞുകൊണ്ട് പിന്നീട് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു നമുക്ക് വൈദേഹ രാജ്യത്തിൽ പോണം അവിടെന്താണ് അവിടൊരു വില്ല് വെച്ചിട്ടുണ്ട് കാണാൻ പോകാൻ പെണ്ണ് കെട്ടാനാന്ന് പറഞ്ഞില്ല കാരണം ശ്രീരാമൻ മുങ്ങിയാലോ അച്ഛനോട് പറയാതെയാ പോകുന്നത് അപ്പൊ പണ്ട് അച്ഛന്മാരെ അറിയിക്കാതെ കല്യാണം കഴിക്കല് അപ്പൊ ശ്രീരാമസ്വാമിയോട് കല്യാണം കഴിക്കാനാണെന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞില്ല വില്ല് കാണിച്ചിരുന്നോ പ്രയമ്പകമെന്ന് പറയുന്നത് ബില്ല് കാണിച്ചു കൊടുത്ത് ചാന്ദ്രചൂടം ധനും പരമശിവൻ കൊടുത്ത ബില്ല് കാണിച്ചുകൊടുത്ത് ഇന്ദിരാമേവ ഇന്ദിരയെ അവമിസുധാം ലബ്ധ ആ വില്ലിന്റെ ചാപം കെട്ടിക്കഴിഞ്ഞാൽ പുത്രിയെ തരൂ എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമി ഞാണവിളിച്ച് വലിച്ചതും അത് പൊട്ടിയിലാണ് അങ്ങനെ ആരെ കിട്ടി സീതയെ കിട്ടി എന്നിട്ടോ സമം രാജ്യം കഴിഞ്ഞു ഉടനെ തന്നെ വളരെ സന്തോഷമായി ജനക മഹാരാജാവ് ഒരു ദൂതനെ പ്രണയച്ചു ദശരഥ മഹാരാജാവിന്റെ അടുത്തേക്ക് എന്താ വിവരം പറയേണ്ടത് എല്ലാം ഭംഗിയെ കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇത് കേട്ടതും ദശരഥന് വിഷമായി എന്താ ഭംഗി കഴിഞ്ഞിരിക്കണത് രാക്ഷസരെ കൊല്ലാൻ പോയ പാർട്ടിയ ഈശ്വര എന്താ എന്റെ കുട്ടിക്ക് സംഭവിച്ചത് പറഞ്ഞു രാക്ഷസരെയൊക്കെ കൊന്നു ഇപ്പോ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അച്ഛനോട് പറയാത്ത ഫസ്റ്റിലാണ് ആദ്യം കഴിച്ചത് ശ്രീരാമ നമ്മുടെ അവതാരമൂർത്തികളൊന്നും അച്ഛന്മാരോട് അറിയിച്ചില്ല അപ്പൊ നമ്മുടെ പിള്ളരൊക്കെ ലവമയ രീതിയിൽ അത്ഭുതമില്ല മനസ്സിലായില്ലേ അവതാരമൂർത്തികളെയും ചെയ്തിട്ടില്ലേ മര്യാദയ്ക്ക് എന്നിട്ട് ദശരഥനോട് പറഞ്ഞോ ബാക്കിയുള്ളവരെയും കൂടെ പറഞ്ഞയക്കാൻ അങ്ങനെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും വന്നു അവർക്ക് മൂന്ന് പേർക്കും ദശരഥ എന്താണ് ജനകമഹാരാജാവ് തന്റെ സഹോദരി സഹോദരന്റെ പുത്രിമാരെ കൊടുത്തു പോകാൻ അങ്ങനെ ശ്രീരാമസ്വാമി സീതെ ഭരതൻ മാണ്ഡവ്യെ ലക്ഷ്മണൻ ഊർമ്മിളെ ശത്രുഘ്നൻ ശുതകൻ യോ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് ഇപ്രകാരം അവർ കല്യാണം കഴിച്ചു തിരിച്ചു എന്നിട്ടോ വഴിയിൽ വെച്ചെന്നുണ്ടായി ആരുന്ദേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്തേജോ യാതേ യാദോസ്യോധ്യം സുഖമഹ നിവസൻ കൂർത്തി ശത്രുഘഘ്നേനേവ ഗതവതി വരദേ മാതലയാദിവാസം താതാരബോഭിഷേകിലതയാതീശുത്രയാരുന്ത ഒരാള് വഴി കടഞ്ഞു ആരാണത് ഭൃകുകുലത്തിലേരുഷ ആരുന്ദുലത്തിൽ അവതരിച്ച ഒരവതാരമൂർത്തി ഇവരെ വഴി നടന്നു ആരാണ് സാക്ഷാൽ പരസ്യമാണ് പറഞ്ഞു രണ്ട് രാമന്റെ ബിസിനസ് വേണ്ട ഏതെങ്കിലും ഒരു രാമപതി ടു ഇൻ വൺ വേണ്ട ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞ സമയത്ത് ഭഗവാൻ ശ്രീരാമസ്വാമി വിനയാന്വരായി പറഞ്ഞു എനിക്ക് അവിടുത്തെ ശക്തിയും തേജസ്സൊന്നുമില്ല അങ്ങയുടെ കഴിവൊന്നും ഇരിക്കില്ല ഇത് പറഞ്ഞപ്പോ എന്നാൽ എന്റെ വൈഷ്ണവരാമം ഒന്ന് കുലയ്ക്കു എന്ന് പറഞ്ഞപ്പോ അത് കുലയ്ക്കാൻ ശ്രമിച്ചതും ശ്രീരാമസ്വാമിയുടെ ശക്തിയെക്കുറിച്ച് പരശുരാമസ്വാമിക്ക് മനസ്സിലായതും തന്റെ തേജസ്വ മുഴുവൻ ശ്രീരാമസ്വാമിയിലേക്ക് പകർന്നുകൊണ്ട് അവിടെ നിന്ന് മഹേന്ദ്രഗിരിയിലേക്ക് പോയി എന്നാണ് എന്നിട്ടോ അതിനുശേഷം അയോധ്യാമ്യാദ ശ്രീരാമസ്വാമി ഓൾ ഫാമിലിയായിട്ട് ഇവിടെ പോകുന്നു അയോധ്യയിലേക്ക് അങ്ങനെ അവിടെ വെച്ച് കാന്തമൂർത്തി കാന്തനായല്ലോ അങ്ങനെ ഭാര്യാസമേധനായി കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കുമൊരിക്കൽ ഏകതാ ഭരതി ശത്രുഘ്നേ മാതുലസ്യ അതിവാസം ഗതവതി വളരെ മനോഹരല്ലേ ഇത്ര ലളിതമായ ഒരു ദിവസം അമ്മാവന്റെ അടുത്തു പോവാൻ അമ്മയുടെ സഹോദരൻ വന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ മാതുലഗ്രേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടു അവിടെ വന്നു ചേർന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ സമ്മതം ചോദിച്ചവരെ കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് താതാരംഭം അച്ഛൻ ആരംഭിച്ചു എന്താണ് ആരംഭിച്ചത് ശ്രീരാമസ്വാമിയുടെ അഭിഷേകം കാര്യം നിശ്ചയിച്ച സമയത്ത് കേകയാതീശപുത്രിയാ വിഹിതകില അപ്പോഴാണ് മന്ദരയിലൂടെ കൈകേരി ആ യാഗത്തെ അല്ലെങ്കിൽ പട്ടാഭിഷേക ചടങ്ങിനെ മുടക്കിയത് എന്നിട്ടെന്തുണ്ടായി താദോക്യാദു കാമോ വനമനോ മനോജപതോ സംയുതച്ചാപതാര ഓരാനരുദ്ധ്യമാർഗേ മഹതനിരയെ തം ചടാ ചീരധാരീ നാവാസീര്യഗങ്കാ അതിപദവിപുണത്തും പരദ്വാചമാരൾ നദ്വാക്യഹേതോ അതിസുഖമസ ചിത്രകൗഡേ ഗിരീന്ദ്രേ അങ്ങനെ മന്ദര വളരെ മന്ദമന്ദം കൈകേയെ പറഞ്ഞു മനസ്സിലാക്കി മന്ദരം ചെയ്തെടുത്തു തിരിച്ചെടുത്തു ഒരു ഡിഗ്രിയിലേക്ക് തിരിഞ്ഞ മനസ്സിനെ വേറൊരു ഡിഗ്രിയിലേക്കാക്കാൻ ആർക്ക് സാധിച്ചു മന്ദര ദുർബല മനസ്സുകളെയാണ് മന്ദരമാരെന്ന് പറയാം ആ ദുർബല മനസ്സിനോട് നല്ലൊരു മനസ്സ് ശക്തിയുള്ള മനസ്സ് ആ നല്ല മനസ്സും അരയത്തീർന്നു മന്ദര ശരിക്കും നിങ്ങളീ മന്ദരയെ അവലോകനം ചെയ്താൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിൽ അസൂയമുള്ളവരെയാണ് മന്ദരകൾ എന്ന് പറയുന്നത് ഒരു കാര്യം നന്നായി നടക്കുന്നത് അവർക്കിഷ്ടമല്ല അവരെപ്പോഴും അതിലൊക്കെ കുറ്റങ്ങളും കുറവുകളും കാണും ഈ നന്മകളെ എതിർക്കുന്നവരെയാണ് നന്മകൾ നടക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരെയാണ് മന്ദരകൾ എന്ന് പറയുന്നത് അതാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ വളരെ കൂടുതലു വേണം നോക്കൂ ഒരു ഗവൺമെന്റ് നല്ല കാര്യം തീരുമാനിച്ച മറ്റു ഗവൺമെന്റ് ശരിയാക്കെടുക്കില്ല കാരണം മന്ദരകളുണ്ട് അതില് അത് നേരെ ഉപ്പ് അതിനെതിർക്കവര് നല്ല കാര്യങ്ങളെ എതിർത്ത് അതിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നവരുടെ പേരാണ് മന്ദരകൾ അതങ്ങനെയാണത് അപ്പോൾ അപ്രകാരം മന്ദരയുടെ മനസ്സിൽ ചേർന്ന് കൈ ഈ വരം ചോദിച്ചു എന്തൊക്കെയാ വരം ശ്രീരാമസ്വാമിയെ ഔട്ടാക്കണം ഭരതനെ അകത്താക്കണം എന്ന് വെച്ചാൽ പതിനാലുമല്ലം രാമൻ കാനനവാസം ഭരതരൻ രാജ്യവാരം എല്ലാം അങ്ങനെയാണല്ലോ എപ്പോഴും ചോദിക്കുമ്പോണ്ടല്ലോ രണ്ട് കാര്യങ്ങളാ ചോദിക്കുക മനുഷ്യൻ ഒന്ന് തനിക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം അനുകൂലമാക്കും തനിക്കെതിരായി നിൽക്കുന്ന കാര്യം ഒഴിവാക്കും ഇവിടെ രാമൻ തലവേദനയാണ് രാമനെ പുറത്താക്കാൻ നിശ്ചയിച്ചു ശരി ഇതെല്ലാം കേട്ടപ്പോഴേക്കും ദശരഥൻ കൊലാബ്സ് നേരത്തെ കൈകിയുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ പ്രിയെ പ്രാണസഖ്യെന്നൊക്കെ പറഞ്ഞ് നടന്ന ഇത് രണ്ടു കാര്യം പറഞ്ഞോടുകൂടി ദശരഥൻ ഔട്ട് ഓഫ് ഓർഡറായി അങ്ങ് ഒരു വീണു പിന്നെ അവിടുന്ന് നെഞ്ചത്തടിയും കൂട്ടാർത്തുപുള്ളിയൊക്കെ ആയി നേരത്തെ സുന്ദരി എന്നൊക്കെ പിന്നെ ഭയങ്കരിയുമായി നാമം നോക്കൂ ഇതെല്ലേ ലോകത്തിൽ കാണുന്നത് ആദ്യം വിളിക്കും പൊന്നെ മുത്തേ കണ്ണേന്നൊക്കെ തന്റെ ജീവിതത്തിൽ വേദന തരാൻ തുടങ്ങിയാൽ വിളിക്കും ചൂലേ പുല്ലേ എന്ന് വിളിക്കും മനുഷ്യൻ ഇത്രയുള്ള ബന്ധങ്ങൾ അനുകൂലമായി നിന്നാൽ കണ്ണാണ് മുത്താണ് മണ്ണാണ് പ്രതികൂലമായി നിന്നാൽ തിരിച്ചറിയുന്ന ആവുകൊണ്ട് വേണ്ടാത്ത വാക്ക് ഏതായാലും ദശരഥൻ ഡൌണായി ആ സമയത്ത് രാമനെ വരുത്തി കാര്യങ്ങൾ പറഞ്ഞു രാമ പറയുന്നത് കൈകയാണ് അച്ഛൻ വീഴാൻ കാരണം നീയാണ് രാമന് വിഷമായി ഞാൻ കാരണം അച്ഛൻ എന്തു പറ്റിയിരുന്നു അപ്പോഴാണ് പറയുന്നത് രണ്ട് വരം ചോദിച്ചു നീ കാറ്റിൽ പോകണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു അടുത്ത വരെ എന്താ വേണ്ടത് ഭരതൻ ഇത് കേൾക്കുന്ന സമയത്ത് ഭരതന്റെ ശ്രീരാമസ്വാമിയുടെ മുഖം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതാണ് ആ ഈ പ്രശ്നമൊന്നും രാമൻ ഉണ്ടായിരുന്നില്ല അർത്ഥം മനസ്സിലായില്ലേ ശ്രീരാമസ്വാമിക്ക് യാതൊരു വിധത്തിലുള്ള ഇതിപ്പോ നിങ്ങളൊരു മനസ്സിലുണ്ടാക്കിയില്ലേ ഒന്ന് അദ്ദേഹത്തിന് ഇന്ത്യ കൂളായിട്ടെടുത്തു ഇതിലെന്ത് താമസം പോവാനും അതിന് ഇതൊരു വിഷമമല്ലെന്ന് നോദിക്കുന്നത് ഇത് ശ്രീരാമസ്വാമി പറയുന്നതിനെ നമ്മൾ വളരെയധികം സ്വീകരിക്കണം പട്ടാഭിഷേകത്തിന് തയ്യാറാവാൻ പറയുന്ന സമയത്തുള്ള ശ്രീരാമസ്വാമിയുടെ മൈൻഡ് കാറ്റിലേക്ക് പോവാൻ പറയുമ്പോഴും ശ്രീരാമസ്വാമിക്ക് ഉണ്ടായിരുന്നു സാധാരണക്കാരന്റെ ബാലൻസ് അവിടെ തെറ്റ് അല്ലേ പ്രസന്നതമ്യാന പദാന്നമം വനവാസ ദുഃഖത ഇതിനെയാണ് സമത്വ ബുദ്ധി എന്ന് പറയുക അനുകൂലമാവാൻ പോകുന്ന പട്ടാഭിഷേകത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും പ്രതികൂലമാവാൻ പോകുന്ന വനവാസത്തെ കേൾക്കുമ്പോഴും ശ്രീരാമസ്വാമിയുടെ മുഖം ശ്രീരാമസ്വാമിയുടെ മനസ്സ് ഒരുപോലെ ഇത് നമുക്ക് സാധിക്കുമോ ഇതാണ് ഈശ്വരത്വം എന്ന് പറയുന്നത് ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് കുടുംബ ജീവിതവും ഒരുപോലെ ഇരിക്കും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ജീവിതവും ഒരുപോലെ ഇരിക്കും നമുക്ക് വറീസ് ഇല്ല നമുക്ക് ലൈഫല്ല നമ്മളെ ബാലൻസ് എത്തിക്കുന്നത് നമ്മുടെ ലൈഫിനോടുള്ള അപ്രോച്ചാണ് ഹൌ യു ലുക്ക് ലുക്കിംഗ് ടു ദാറ്റ് ഹൌ യു കൺസിഡർ ദിസ് നിങ്ങൾ ഏത് രീതിയിൽ അതിനെ കാണണം നിങ്ങൾ ഏത് രീതിയിൽ പരിഗണിക്കണം നിങ്ങളതിനെ കാണുന്നത് ഇതാണ് സത്യമെന്ന് കരുതിയാൽ നിങ്ങളുടെ മൈൻഡ് സത്യമല്ലാതെയോ നിങ്ങൾ മനസ്സിനെയാണ് സത്യമായി കണക്കാക്കുന്നതെങ്കിൽ മനസ്സിന്റെ ബാലൻസാണ് സത്യമായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകം വരുമ്പോഴും മനസ്സൊരുപോലെ ഇരിക്കും പോയാലും ഒരുപോലെ ഇരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപ തരുന്നു നിങ്ങളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയിരിക്കും ഫ്രീ ആയിട്ട് തരണോ സപ്താഹം കഴിഞ്ഞ് അങ്ങനെ തരണമെന്ന് വിചാരിക്കാനേ പാടില്ല കേട്ടോ തരാനും പോലും ചെയ്യാതെ എങ്ങനെയിരിക്കും മുഖം പ്രസന്നതാ ആ ഒരു ലക്ഷം തിരിച്ചിങ്ങോട്ട് തന്നെ മേടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുപോയി ഒരു എന്താ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നേരത്ത് പറയണോ ഒക്കെ കള്ള നോട്ടാണത് അത് പറയുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയിരിക്കും പ്രസന്നത പോയി പിന്നെ തന്നവന് രണ്ടെണ്ണം കൊടുക്കാനുള്ള ദേഷ്യമെന്നും മനസ്സിന്റെ ബാലൻസ് തെറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് കിട്ടുമ്പോ സന്തോഷം പോകുമ്പോ ദുഃഖം ഇവിടെ ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് കിട്ടുമ്പോഴും പോകുമ്പോഴും ഒരേ മനസ്സ് ഇത് ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം ഇതൊക്കെയാണ് രാമായണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ നിശ്ചയിച്ചു ആ ഇറങ്ങുന്ന രംഗങ്ങളൊക്കെ വളരെ രസകരമാണ് എല്ലാം ദാനം ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത് അവസാനം വരവുരിയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീരാമസ്വാമിക്കും സീതയ്ക്കുമൊക്കെ അല്ലേ അത് കൊടുത്തുകൊണ്ടിറങ്ങി സുമന്ദ്രന് തേരെടുത്തു അപ്പോഴേക്കും അച്ഛനേറെക്കുറെ തളർന്നുപോയി പിന്നീട് കൊണ്ടെത്തിക്കുന്നത് ഗംഗാതീരത്താണ് ഗുഹന്റെ അടുത്തെത്തിച്ചു പൌരജനങ്ങളും പുറകിൽ പോയി ശ്രീരാമസ്വാമി ആരോടും പറയാതെ കാണാതെ രാത്രിയിൽ തന്നെ തിരിച്ചുപോന്ന് കുറച്ചുദൂരം തിരിച്ചു പോന്ന് കാട്ടിലേക്ക് ഇറങ്ങി നടത്തും കാരണം പൌരജനങ്ങൾ അറിയണം താൻ തിരിച്ച് അയോധ്യയിലേക്ക് പോയി എന്നുള്ളത് ശ്രീരാമസ്വാമി ഗുഹന്റെ അടുത്തെത്തി അവിടെ വെച്ച ശ്രീരാമസ്വാമി പതിനാല് വർഷം കാട്ടിൽ വസിക്കാനുള്ള വ്രതചര്യ എടുക്കുകയാണ് തലയിൽ വടക്ഷീരമൊഴിച്ച് മുടി മുഴുവൻ ജടയാക്കി മാറ്റി എല്ലാവരും ചെയ്തു ലക്ഷ്മണനും അതുപോലെ സീതയും ചെയ്തു അവിടെ നിശ്ചയിച്ചു ആരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല ഒരാളുടെ വീട്ടിലും താമസിക്കില്ല അങ്ങനെ വ്രതമെടുത്തുകൊണ്ട് ശ്രീരാമസ്വാമി ആ ബുഹനോട് നിറഞ്ഞ് അവിടെ നിന്ന് ഗംഗാം കടന്നുകൊണ്ട് ഭരദ്വാജ ആശ്രമത്തിലെത്തി അവിടെ നിന്ന് വാത്മീകീമാശയെ ചിത്രകൂടത്തിൽ വസിക്കാൻ നിശ്ചയിച്ചു എന്നിട്ട് ശുവാ പുത്രാർത്തി ഘലുപരത മുർഗയാദം സതാദം പ്പോ ദുദസ്മൈ വിദവിതരേ പാദുഗാമേദി ചിന്ത ഗ്ര വനവതി വിപുലം ചണ്ടകം ം വിരാദം അങ്ങനെ ശ്രീരാമസ്വാമി പോയതോടുകൂടിയിട്ട് ദശരഥന് ശ്രീരാമസ്വാമിയുടെ വിയോഗം താങ്ങാൻ പറ്റാതെ തളർന്ന് തകർന്ന് മരിച്ചു അവതാരമൂർത്തിയുടെ അച്ഛനായിട്ടും ശാന്തമായൊരു മരണം ആർക്കുണ്ടായില്ല ദശരഥ മഹാരാജൻ അവിടെയാണ് ഭാഗവതവും രാമായണവും തമ്മിലുള്ള വ്യത്യാസം ഗർഭപാത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ചതുർദ്ജ രൂപത്തിൽ കാണാൻ ഭാഗ്യം കിട്ടിയവനായിരുന്നു പരീക്ഷിത് മഹാരാജ് അദ്ദേഹം ഗർഭപാത്രത്തിൽ വെച്ച് കണ്ടു ദശരഥ മഹാരാജാവിന് പുത്രനായി ഭഗവാൻ വന്നു രണ്ടുപേർക്കും ഭാഗ്യമുണ്ട് പരീക്ഷത്ത് മഹാരാജാവും തെറ്റ് ചെയ്തു ഒരു മുനിയുടെ കഴുത്തിലേക്ക് ചത്തിലിടക്കുന്ന പാമ്പിനെയിട്ടു ദശരഥ മഹാരാജാവ് മുനിപുത്രനെ ആനയാണെന്ന് കരുതി ും തെറ്റി ദാരാജാവിന് ശ്രീരാമസ്വാമി പുത്രനായിട്ടുണ്ടായിട്ടും താൻ ചെയ്ത തെറ്റില്ലെന്ന് മനസ്സിനെ ഉയർത്താൻ സാധിച്ചില്ലാതെ മാത്രമല്ല പുത്രവിയോഗത്താൽ കുറ്റബോധത്താൽ മരിക്കേണ്ടി എന്നാൽ താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് പരീക്ഷിത്ത മഹാരാജാവ് സജ്ജനങ്ങളോട് ചോദിച്ച് പ്രായച്ചിത്തം ചെയ്യാൻ ഗംഗാതീരമായ ഹരിദ്വാറിൽ വന്ന് ധൈര്യമായിട്ട് ചോദിക്കുകയാണ് ഇപ്പോ എന്റെ മനസ്സ് മരണത്തെ ഭയക്കുന്നു എങ്ങനെയാണ് ഞാൻ മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് അവിടെയാണ് അദ്ദേഹം ശ്രീശുഖ ബ്രഹ്മശ്രീയിൽ നിന്ന് ഭാഗവതം കേട്ട് തർകൻ വരുന്നതിന് മുമ്പ് പരീക്ഷിത്തിന്റെ മനസ്സ് എവിടെ എത്തിയെന്ന് ഭാഗവതം പറയുകയാണ് അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയാ ഭവതാദർശിതം ക്ഷേമം പരം ഭഗവത പദം പരം ഭഗവത പദം എവിടെ എത്തി ഭഗവാന്റെ പദത്തിൽ മനസ്സിനെത്തിക്കാൻ സാധിച്ചു ദശരഥ മഹാരാജാവിന് സാധിക്കാത്തത് പരീക്ഷിത്വ മഹാരാജാവിന് സാധിച്ചു അതുകൊണ്ടാണ് ഭാഗവതത്തിന് മഹത്വമുള്ളത് പുത്രനായി രാമനെ കിട്ടുന്നതിലല്ല ഭാഗ്യം മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നതിനാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അത് ദശരഥന് സാധിച്ചില്ല പരീക്ഷിത്തിന് സാധിച്ചു അദ്ദേഹം പുത്രന്റെ വിയോഗത്തിൽ മരിച്ചു ഭരതൻ വന്നു അച്ഛന്റെ ദുഃഖത്തിൽ കരഞ്ഞു അമ്മ പ്രതീക്ഷിച്ചു ഭരതൻ താൻ പറയുന്നതെല്ലാം സ്വീകരിക്കുന്നു നേരെ വിപരീതമായി അമ്മയെ കാണുന്നത് പോലും അങ്ങേയറ്റം വിഷമമുണ്ടാക്കി കൊല്ലാൻ പോലും ഭരതന് മടിയില്ലായിരുന്നില്ല രാമനെ ഭയന്നുകൊണ്ട് മാത്രമാണ് കൈകീകി കൊല്ലാതെ വിടുന്നത് അത്രമാത്രം അമ്മ ഒരു വൃത്തികെട്ട ജന്തുവായി മാറി ഭർത്താവിനെ കൊന്ന കൂരയായി മാറി ആ കൈകീകിയെ ഭരതനത്രമാത്രം വരുത്തൂ പറയ പിന്നീട് അച്ഛന്റെ ശവസംസ്കാരാദികൾ ചടങ്ങ് ചെയ്ത് അവിടെ നിന്നും അവര് ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്നേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ചിത്രകൂടത്തിലെത്തി ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് അച്ഛന്റെ വിയോഗം അറിയിച്ചപ്പോൾ ശ്രീരാമസ്വാമി ഒന്ന് കളരും പിന്നീട് ഭരതനോട് രാജ്യം വര്യാക്കാൻ പറയുമ്പോൾ ഏറ്റെടുക്കില്ല അവസാനം തന്റെ പാതുകാം വേദിനിച്ച ആദുകം കൊടുത്തുകൊണ്ട് ആ പാതുകൾ ശ്രീരാമനായി സങ്കല്പിച്ച് താൻ ശ്രീരാമസ്വാമിയുടെ ദാസനെന്ന ബോധത്തോടെ രാജ്യം വരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഭരതൻ പോകുന്നു ശേഷം ശ്രീരാമസ്വാമി ചിത്രകൂടത്തിൽ നിന്നും ദണ്ഡധാരണ്യത്തിലേക്ക് യാത്ര പോകുന്ന വഴിക്ക് അക്രി നേരത്തെ പറഞ്ഞല്ലോ അത്രീമാഷിയുടെ കഥ ധനസൂയദേവിയുടെ കഥ അവിടെ കയറി അതിനുശേഷം വിരാജൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിച്ച് ഹദൈത്യം വിരാദം അത് കഴിഞ്ഞ് ചാരൂ ശാരഭംഗിം ആയതിനുശേഷം അവിടെ നിന്ന് ശരഭംഗമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു എന്നിട്ടു നാഗസ്ത്യം സമസ്തശരനികര നികരസമത്രാകൃതി താപസേവ്യ പച്ചോഷീ പ്രിയൈഷീ തതനു ചുനിന വൈഷ്ണവേ ദിവ്യജാവേ േ ചാവിദത്തെ അതിസുഹൃതസുഖതം വീക്ഷ്യൂയോ ജടായു കോടാന് പരിരമസിപുരാ പഞ്ചവട്ട്യാമ്പതുട്യ അവിടുന്ന് ശരഭംഗമാഷിയുടെ ഗുരുവായ അഗസ്ത്യമാർഷിയുടെ അടുത്തെത്തി അഗസ്ത്യം നവിടെ വച്ച് ശ്രീരാമസ്വാമി ഒരു പ്രതിജ്ഞ ചെയ്തു